ശ്രീ ഗുരുവായിരപ്പൻ്റെ പരമ കൃപ കൊണ്ട് നമ്മളിവിടെ നാരായണീയും ശ്രീമന്നാരായണിയും പറയുകയാണ് കേൾക്കാണ് ഇത് തന്നെയാണ് ഒരു പുരുഷാർത്ഥാത്മകം എന്ന് ഭട്ടതിരി പറഞ്ഞത് പരമമായ പുരുഷാർത്ഥം ഇന്നലെ നമ്മൾ പറഞ്ഞു ഓർ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം ഭാഗവതം ആരംഭിക്കുമ്പോഴേ സൂതൻ പറഞ്ഞു ധർമ്മം അർത്ഥം കാമം ഒക്കെ തന്നെ പരമപുരുഷാർത്ഥമായ മോക്ഷത്തിന് മുക്തിക്ക് ജ്ഞാനത്തിന് ഒരു വഴി മാത്രം അങ്ങനെ അതിനെ സ്വീകരിച്ചാലേ ധർമ്മമോ അർത്ഥമോ കാമോ നേർവഴി കാട്ടുള്ളൂ അല്ലെങ്കിൽ ധർമ്മം പോലും അർത്ഥകാമങ്ങൾ അവിടെ ഇരിക്കട്ടെ ധർമ്മം പോലും ഭഗവാനിൽ നിന്ന് മാറ്റിവെച്ചാൽ പ്രയോജനപ്പെടില്ല ധർമ്മമാണെങ്കിൽ പോലും ഈശ്വരനിൽ നിന്ന് മാറ്റിവെച്ച് ധർമ്മം ധർമ്മത്തിന് വേണ്ടിയാണെങ്കിൽ അഹങ്കാരത്തിന് കാരണമായിട്ട് തീരും അപ്പൊ ധർമ്മം അർത്ഥം കാമം ഇതൊക്കെ തന്നെ ജീവന് തത്വജിജ്ഞാസ ഉണ്ടാക്കാനാണ് തത്വജിജ്ഞാസ ഉണ്ടായി ഗുരുവിൽ നിന്നും പരമാത്മതത്വം അറിഞ്ഞാൽ അങ്ങനെയുള്ള ആൾ തത്വജ്ഞാനിയാണ് തത്വത്തിൽ സംശയമൊന്നുമില്ല ഉറപ്പുവന്നാൽ തന്നെ ദുഃഖം മാറിക്കിട്ടും പക്ഷേ നിരന്തരമായ ആത്മാനുഭവം അവിടെയും ഉണ്ടാവില്ല തത്വജ്ഞാനത്തിൽ ഉറപ്പുവരുമ്പോൾ തന്നെ ദുഃഖം മാറിക്കിട്ടും അപ്പൊ തത്വജ്ഞാനത്തിൽ ഉറപ്പുവന്ന ആള് നിരന്തരം ആത്മാവിനെ അനുഭവിക്കുന്ന അവസ്ഥയാണ് ജീവൻ എന്ന് പറയണത് തത്വജ്ഞാനത്തിൽ ഉറപ്പ് വന്നു ഇനി ഒരാഗ്രഹമില്ല ഒന്നും നേടാനില്ല ഇനി ഒരിടത്തും പോവാനില്ല ആ അവസ്ഥയില് നിരന്തരം ആത്മാവിനെ അനുഭവിക്കുന്നു ആ അവസ്ഥയാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത് അതായത് നിരന്തരമായ ആനന്ദാനുഭവം നിരന്തരമായ രതി അത് തന്നെയാണ് പരാഭക്തി ഇപ്പൊ തത്വജ്ഞാനം പുരുഷാർത്ഥമാണെങ്കിൽ പരാഭക്തി എന്ന് പറയണത് ഒരു പുരുഷാർത്ഥം തത്വജ്ഞാനം പുരുഷാർത്ഥമാണെങ്കിൽ പരാഭക്തി എന്ന് പറയുന്നത് നിരന്തരമായ ഭഗവത് അനുഭൂതി സദാ ഭഗവാനെ അനുഭവിക്കുക അത് ഏത് രീതിയിൽ വേണമെങ്കിലാവട്ടെ ഭഗവത് അനുഭൂതി എന്ന് രീതിയിൽ തന്നെ എന്നില്ല പല ഭാവത്തിൽ പലരും അനുഭവിക്കണം ഭഗവാനെ ഇവിടെ ഭട്ടതിരി പറഞ്ഞു ഗുരുവായൂരപ്പനെ നേരിട്ടങ്ങട്ട് കണ്ടാൽ ഒരു പുരുഷാർത്ഥാത്മകം നമ്മൾ കാണണമെന്നില്ല ദൃഷ്ടമാത്രേ ഗുരുവായൂരപ്പ നമ്മളെ കണ്ടാ മതി തേന ദൃഷ്ടമാത്രേ ഭഗവാൻ നമ്മളെ ഇങ്ങട് കണ്ടാൽ മതി നമ്മൾ ഭഗവാനെ കാണണമെന്ന് പോലും ഇല്ല കണ്ണില്ലാത്തവനാണെങ്കിലും കുരുടനാണെങ്കിലും ഭഗവാന്റെ മുമ്പിൽ ചെന്ന് നിന്ന് ആ ദൃഷ്ടി ഇങ്ങട് വീണാ മതി അവിടെ അതിനർത്ഥം ദൃഷ്ടമാത്രേ എന്നുള്ളതിന്റെ അർത്ഥം ദൃഷ്ടി വീഴ എന്ന് വെച്ചാൽ എന്താ അർത്ഥം കൃപ എന്നർത്ഥം ഭഗവാന്റെ കൃപ കൃപയെ ആശ്രയിച്ചാണ് ഭക്തി നിൽക്കുന്നത് യോഗ സാധനയോ മറ്റ് പല സാധനകളും ഭക്തി പോലും പ്രാകൃതമായ തലത്തിലുള്ള സാധനാഭക്തിയാണെങ്കിൽ അതൊക്കെ തന്നെ കൃപയെ ആശ്രയിച്ചല്ല ഇവന്റെ പൗരുഷത്തിനെ ആശ്രയിച്ചു നിൽക്കണം ഞാൻ ഇത്ര ജപിക്കും ഞാൻ ഇത്ര അനുഷ്ഠാനം ചെയ്യും ഞാൻ ഇന്നത് അനുഷ്ഠിക്കും ഇങ്ങനെ സാധനകളൊക്കെ ഇവന്റെ പരിശ്രമത്തിന് ജീവന്റെ പരിശ്രമത്തിനെ ആശ്രയിച്ചു നിൽക്കും പരിച്ഛിന്നമാണ് അതൽപ്പമാണ് അത് എപ്പോ ജീവൻ ജീവപരിശ്രമത്തിനേക്കാളും ഭഗവാന്റെ കൃപയ്ക്ക് സ്ഥാനം കൊടുക്കണമോ അതാണ് ദൃഷ്ടമാത്രേ ഭഗവാന്റെ ദൃഷ്ടി നമ്മളുടെ മേലെ വീഴാന്ന് വെച്ചാൽ കൃപയെ അനുഭവിച്ചു തുടങ്ങണോ ആ കൃപയെ അനുഭവിച്ചു തുടങ്ങുന്നതോടുകൂടി തന്നെ ഒരു പുരുഷാർത്ഥാത്മകം ഒരു പുരുഷാർത്ഥമാണ് ആ കൃപയുടെ കൃപാനുഭവത്തിന്റെ പരമകാഷ്ടയാണ് ബ്രഹ്മാനുഭവം സർവത്ര ആ കൃപ തന്നെ കാണുന്നു കൃപ തന്നെ ബ്രഹ്മമാണ് സർവത്ര ആ കൃപയെ തന്നെ കാണുന്നു ഭഗവാൻ എവിടെയും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നു അങ്ങനെയുള്ള ആ ബ്രഹ്മതത്വം ഇവിടെ സാക്ഷാത് ശ്രീകോവിലെ ഗുരുവായൂരപ്പനായിട്ട് കട്ടപിടിച്ചു നിൽക്കുന്നു സാന്ദ്ര ആനന്ദ അവബോധാത്മകം ആനന്ദബോധം ആനന്ദമായ ബോധം ഘനീഭവിച്ച് നിൽക്കണമെന്നാണ് സാന്ദ്രാനന്ദ അവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം ദേശകാലങ്ങളിൽ നിന്നൊക്കെ മുക്തമായിട്ടുള്ള ആ വസ്തു ഉപമിക്കാൻ കഴിയാത്ത ആ വസ്തു ഇവിടെ പ്രകാശിച്ചു നിൽക്കുന്നു ഇങ്ങനെ ദുർലഭമായിട്ടുള്ള ബ്രഹ്മം യോഗികൾക്ക് പോലും ദുർലഭമായിട്ടുള്ള വസ്തു സുലഭമായി ഇങ്ങനെ കയ്യിൽ കിട്ടിയിരിക്കുമ്പോ എളുപ്പത്തിലിങ്ങനെ കയ്യിൽ കിട്ടിയിരിക്കുമ്പോ കഷ്ടപ്പെടണം എന്തിനും വിഷമിക്കണം ഇത്ര എളുപ്പത്തിലുള്ളപ്പോ എന്തിനും വിഷമിക്കണം ഹസ്തലബ്ധേതതന്യ തന്വാചാധിയാവാ ഭജതി പതജനഹ ക്ഷുദ്രദൈവസ്ഫുട്ടേയം ക്ഷുദ്രത ദൗർബല്യം ഏറ്റവും അടുത്തുള്ളതാണ് ഭഗവാൻ ഭഗവാനെ പോലെ സുലഭമായ ഒരു വസ്തു ഇല്ല ഭഗവത് ഭജനം പോലെ ആനന്ദമായിട്ടുള്ളതൊന്നുമില്ല ആരംഭം മുതൽ സ്വാദീയ സി ഭക്തി ആരംഭിക്കുമ്പോഴേ സ്വാദോടെ ഇരിക്കണം യോഗസാധനങ്ങളൊക്കെ ആണെങ്കിൽ ആരംഭത്തിൽ കുറെ കഷ്ടപ്പെട്ടിട്ട് പിന്നാലെ കുറച്ചൊക്കെ സ്വാദൊക്കെ വരും പക്ഷേ ഭക്തി ആരംഭത്തിലെ സ്വാദ് ഭഗവാന്റെ ദിവ്യരൂപത്തിനെ കാണുമ്പോ സ്വാദ് നാമം ജപിക്കുമ്പോ സ്വാദ് ഭജിക്കുമ്പോ സ്വാദ് ധ്യാനിക്കുമ്പോ സ്വാദ് സത്സംഗത്തിലിരുന്ന് ഇങ്ങനെ ഭഗവാനെക്കുറിച്ച് പറയുമ്പോ സ്വാദം ഓരോ ക്ഷണത്തിലും സ്വാദു സ്വാദു പതേ പതേ ഓരോ പദത്തിലും സ്വാദം അല്ലാതെ ഒരു ഘട്ടത്തിൽ കഷ്ടം പിന്നെ ഒരു ഘട്ടത്തിൽ ആനന്ദം എന്നില്ല ഓരോ ഘട്ടത്തിലും സ്വാദം അത്തരത്തിലുള്ള ഭക്തിയാണ് ഭാഗവത മതം ഭക്തി എന്ന് വെച്ചാൽ ഈ ഭക്തി ജ്ഞാനത്ത് നിന്നും ഒട്ടും വ്യത്യാസമല്ല ഭാഗവതത്തിനെ വ്യാഖ്യാനിക്കുമ്പോ എവിടെയൊക്കെ ഭാഗവതം ജ്ഞാനം ശ്രേഷ്ഠം എന്ന് പറയുന്നുണ്ടോ ഏകാദശത്തിൽ ചിലയിടത്തും പറയുന്നുണ്ട് ജ്ഞാനത്തിന്റെ പതിനാറിലെ ഒരു അംശം പോലും മറ്റുള്ള സാധനങ്ങൾ കൊണ്ടൊന്നും വരില്ല അങ്ങനെ പറയുന്ന സ്ഥലത്ത് ജ്ഞാനം എന്നുള്ളതിന് അർത്ഥം ഈ പരാഭക്തി എന്നർത്ഥം എവിടെയൊക്കെ ഭക്തിയെ കാമ്യഭക്തിയായിട്ട് പറയപ്പെടുന്നുണ്ടോ അഥവാ ആ ഭക്തിയെ ഭഗവാനോട് കാമ്യഭക്തിയായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ പറയുന്നുണ്ട് ദേവന്മാര് ഭഗവാനെ സ്തുതിക്കുമ്പോഴും മറ്റുമൊക്കെ അവിടെ ആ ഭക്തി ഈ പരാഭക്തിയല്ല അതറിഞ്ഞോളൂ അപ്പോ യഥാ ജ്ഞാനത്തിനെ എവിടെ ചുവട്ടൽ പറയുന്നുണ്ടോ ചിലയിടത്തൊക്കെ ജ്ഞാനത്തിന് കുറച്ച് ചുവട്ടിൽ പറഞ്ഞ പോലെ തോന്നും അവിടെ ജ്ഞാനം എന്ന് വെച്ചാൽ ആത്മജ്ഞാനം എന്നോ ബ്രഹ്മാനുഭവം എന്നോ അർത്ഥമല്ല വെറും ബുദ്ധിയുടെ വ്യാപാരം ബുദ്ധിവ്യാപാരമായി ജ്ഞാനം എന്നർത്ഥം അപ്പോ ഇത്തരത്തിലുള്ള ഭക്തി ഭക്തി ജ്ഞാന വിരാഗാണാം സ്ഥാപനായ പ്രകാശിതം മൂന്നും സമ്മേളിച്ചു നിൽക്കണം പ്രേമഭക്തിയും ആത്മജ്ഞാനവും വൈരാഗ്യവും ലോകവിഷയങ്ങളിലോടുള്ള വൈരാഗ്യവും മൂന്നും സമ്മേളിച്ചു നിൽക്കുന്നതാണ് ശ്രീമദ് ഭാഗവതശാസ്ത്രം അത്തരത്തിലുള്ള ഭക്തിയെ പ്രകാശിപ്പിക്കാനായി അത്തരത്തിലുള്ള ഭക്തിയെ ഇപ്പോ ഭഗവത്ഗീതയില് രണ്ടു മാർഗത്തിനെയും മുഖ്യമായി പറഞ്ഞുള്ളൂ ലോകേസ്മിൻ ദ്വിധാനിഷ്ഠാ പുരാപ്രോക്താമയാനഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം ഒന്ന് ജ്ഞാനയോഗവും ഒന്ന് കർമ്മയോഗവും അപ്പൊ അവിടെ എന്താ ഭക്തിയെ പറയാത്തത് എന്ന് വെച്ചാൽ ഭക്തി അവിടെ ഇല്ലെങ്കിൽ അവിടെ ജ്ഞാനയോഗവും ഫലിക്കില്ല കർമ്മയോഗവും ഫലിക്കില്ല രണ്ടിനോടും ചേർന്ന് നിൽക്കുന്ന ഭാവമാണ് ഭക്തി അത് പ്രത്യേകം പറയണമെന്നില്ല അവിടെ അപ്പൊ ഭക്തി എന്നുള്ളത് ഉടനീള നിറഞ്ഞു നിൽക്കണം ആ പരമാത്മഭക്തിയെ ശുദ്ധ സാത്വികമായ ഭാഗവത ഭക്തിയെ പ്രകാശിപ്പിക്കാൻ അനേക അവതാരങ്ങൾ ഭാഗവതത്തിൽ ഉണ്ടാവുള്ളൂ ഭാഗവതത്തിലുള്ള അവതാരങ്ങളുടെ ഒക്കെ ലക്ഷ്യം ഈ സാത്വികമായ ഭക്തിയെ പ്രകാശിപ്പിക്കാൻ കൃഷ്ണാവതാരവും ഉദ്ദേശ ലക്ഷ്യം എന്താണ് അസുരപഥമോ അഥവാ ഭൂ ഭൂഭാര ക്ഷമണമോ ഒക്കെ കുറച്ച് മാത്രം അത് ആ കാലത്തിന് പ്രയോജനപ്പെട്ടു എല്ലാ കാലത്തിനും പ്രയോജനപ്പെടുന്ന അവതാര ഉദ്ദേശം ശ്രവണസ്മരണാർഹാണീ കരിഷ്യന് കേൾക്കാനും ധ്യാനിക്കാനും വേണ്ട ലീലകളെ ഉണ്ടാക്കി എന്നുള്ളതാണ് അപ്പൊ അത്തരത്തില് അതേപോലെ ഭഗവാൻ ഉപദേശങ്ങളും ഭഗവത്ഗീതയായിട്ടും ഉദ്ധവന് ഉപദേശിക്കുകയൊക്കെ ചെയ്തു കൃഷ്ണാവതാരത്തിലെ എല്ലാ വശങ്ങളുമുണ്ട് കൃഷ്ണാവതാരം എല്ലാ കലകളും കൃഷ്ണനിലുണ്ട് അതുകൊണ്ട് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറയുന്നു ജ്ഞാനകലയോടുകൂടെ മാത്രം ഭഗവാൻ അവതരിക്കും അവിടെ ജ്ഞാനകല മാത്രമേ ഉണ്ടാവുള്ളൂ മറ്റു കലകളൊന്നും ഉണ്ടാവില്ല ആചാര്യന്മാരായിട്ടുള്ള അവതാരം ആ അവതാരത്തിന്റെ ഉദ്ദേശം എന്താണ് ലോകത്തിലെ ജ്ഞാനം പ്രകാശിപ്പിക്കാനായിട്ട് പരമാത്മാവിനെ പ്രാപിക്കാനുള്ള വഴികളൊക്കെ അടഞ്ഞു പോകുമ്പോൾ ഭഗവാൻ തന്നെ വന്നിട്ട് ഓരോ വഴികളായി തുറന്നു തുറന്നു വിടും അതിനു അനേക മാർഗങ്ങൾ ഒരേ മാർഗം എല്ലാവർക്കും പറ്റില്ല പലർക്കും പല മാർഗങ്ങൾ വേണം എല്ലാവരും ഒരേ ഡ്രസ് ഉണ്ടാക്കിയിട്ട് എല്ലാവരും അത് ഇടണം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല മറ്റു മതങ്ങൾക്കൊക്കെ അതാണ് ഒരു കുഴപ്പം അവർക്കൊരു വഴിയേ ഉള്ളൂ ആ വഴിയിലൂടെ എല്ലാരും നടന്നോളണം നമ്മളുടെ ഹിന്ദു മതത്തിൽ ഇനിയും വഴികളൊന്നും അടഞ്ഞിട്ടില്ല പുതിയ വഴികൾ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അനവരത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അനേകം മാർഗങ്ങള് അനേകം വഴികള് അവരവർക്ക് ഓരോരോ വഴി ഓരോരുത്തർക്ക് ഓരോ വഴി വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിൽ പോയപ്പോ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്ന ഒരാള് പറഞ്ഞു ഞാനും ഒരു പുതിയ മതം കണ്ടുപിടിച്ചിരിക്കണം എന്റെ കൂടെയും കുറെ ആളുകൾ അനുയായികളുണ്ട് വളരെ വിചിത്രമായൊരു മതം എന്തൊക്കെയോ പറഞ്ഞു അയാൾ മതത്തിന്റെ സമ്പ്രദായപ്പടി ഒരു കല്യാണം കഴിച്ചാൽ പോരാത്ര അനേകം കല്യാണം കഴിക്കണം പണം ഒരാളായിട്ട് വെക്കാൻ പാടില്ല എല്ലാവരും കൂടെ ചേർത്ത് വെക്കണം ഇങ്ങനെ എന്തോ വിചിത്രമായി എന്തൊക്കെയോ ഏർപ്പാടുകളൊക്കെ പറഞ്ഞു ഇപ്പൊ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു തന്റെ മതം തൽക്കാലം എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല പക്ഷെ ഞങ്ങളുടെ നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് നീ വരാം അവിടെ വന്നാൽ കുറച്ച് അനുയായികളെ കിട്ടും ഈ വിവേകാനന്ദ സ്വാമിയോടൊപ്പം അയാൾ പറഞ്ഞു ഈ നിങ്ങളുടെ നാട്ടിലൊക്കെ നിങ്ങൾ പറയണു എല്ലാവരും വേദത്തിനെ അനുസരിക്കണവരാണ് ശാസ്ത്രത്തിനെ അനുസരിക്കണവരാണെന്നൊക്കെ പറയണമല്ലോ അപ്പൊ ഞാൻ വന്നാൽ എനിക്ക് അനുയായികളെ കിട്ടുമോന്ന് വിവേകാനന്ദ സ്വാമി പറഞ്ഞു അവിടെ വേദത്തിനനുസരിക്കല്ല അത് മാത്രമല്ല അനേകം മതങ്ങളുണ്ട് ചിലപ്പോ അതിലൊന്നും പറ്റാതെ കുറച്ചുപേരി ഉണ്ടാവും അപ്പൊ അവർക്ക് ചിലപ്പോ നിങ്ങൾ വന്നാൽ നിങ്ങളുടെ മതം പറ്റും അപ്പൊ നിങ്ങളുടെ കൂടെ ചേർന്നോടോ അവരെന്നാണ് പക്ഷെ എല്ലാവർക്കും ഓരോ സമ്പ്രദായവും വേണം അപ്പോ അവനവന്റെ വാസനക്കനുസരിച്ചാണ് അപ്പൊ ഭഗവാൻ എല്ലാവർക്കും വഴി കാണിക്കാനായിട്ട് പല രൂപത്തിൽ ആവിർഭവിക്കും ഭഗവാൻ തന്നെ ആവിർഭവിച്ച് വഴി കാട്ടണം മത്സ്യാവതാര സ്തുതിയില് സത്യവ്രതൻ ഭഗവാനെ സ്തുതിക്കുമ്പോ പറയണു അങ് തന്നെയാണ് ഗുരു ഭഗവാൻ തന്നെയാണ് ഗുരു ഭഗവാൻ വന്ന് വഴി കാണിച്ചാലേ ജീവന് ഭഗവാനെ പ്രാപിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിലോ ഇതുപോലെ അചക്ഷുഹു അന്ധസ് യഥാഗ്രണീഹീകൃത കണ്ണില്ലാത്തവൻ കണ്ണില്ലാത്തവന്മാർക്ക് വഴി കാണിക്കണം പോലെ അനർത്ഥത്തിൽ കൊടുക്കും അപ്പൊ അങ്ങനെ ലോകത്തിന് വഴി കാണിക്കാനായിട്ട് വരാൻ പോകുന്ന ഒരു അവതാരമാണ് കപിലാവതാരം ഭഗവാന്റെ കപിലനായിട്ടുള്ള അവതാരം ഈ അവതാരത്തിന് മൂലമായിട്ട് അതായത് ഇതൊക്കെ സൃഷ്ടി ആരംഭത്തിൽ ഏർപ്പെടുന്ന അവതാരങ്ങൾ പ്രജാപതികളുടെ ജന്മത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു അതിൽ അതേപോലെ അവസാനം മനുഷ്യജന്മം ആരംഭിച്ചത് മനുവിൽ നിന്നാണ് മനുവും ശതരൂപയും ബ്രഹ്മാവിൽ നിന്നും ഉദ്ഭവിച്ചു ബ്രഹ്മാവിന്റെ ശരീരം രണ്ടായി പിരിഞ്ഞു എന്നാണ് രണ്ടായി പിരിഞ്ഞു പുരുഷനും സ്ത്രീയും പുരുഷനും സ്ത്രീയുമായി ഈ ദ്വൈതം വന്നപ്പോഴാണ് സൃഷ്ടി ആരംഭിച്ചത് ബാക്കിയൊക്കെ ഒന്നൊന്നായിട്ട് നിന്നു എല്ലാരും തനിയെ തനിയെ സനകൻ സനന്ദനൻ സനത്കുമാരൻ അവരൊന്നും പുരുഷന്മാരും അല്ല സ്ത്രീകളും അല്ല അവർ പേര് കേൾക്കുമ്പോൾ പുരുഷന്മാരാണോന്ന് തോന്നും ബ്രഹ്മജ്ഞാനികളാണ് അവര് ബ്രഹ്മജ്ഞാനികളെ പുരുഷനെന്നും പറയാൻ പറ്റില്ല സ്ത്രീ എന്നും പറയാൻ പറ്റില്ല അവര് വസ്തുക്കൾ എന്നേ പറയാൻ പറ്റുള്ളൂ അവർ ഓരോരുത്തരും ഓരോ വസ്തു അവർ ഓരോരുത്തരും പൂർണ്ണമാണ് മനുഷ്യൻ അല്ല അല്ലെങ്കിൽ ജീവി എന്ന് പറയണമെങ്കിൽ പൂർണമാവാൻ പാടില്ല പൂർണ്ണമായതിനെ ജന്തു ജീവി എന്നോ പറയാൻ പറ്റില്ല അത് അപൂർണ്ണം അപൂർണ്ണം എന്ന് വെച്ചാൽ ഒന്നിൽ പുരുഷനായിരിക്കും അല്ലെങ്കിൽ സ്ത്രീ ആയിരിക്കും സ്ത്രീ ആയാലും അപൂർണം പുരുഷനായാലും അപൂർണം എപ്പോഴാണോ സ്ത്രീ തന്റെ ഉള്ളിലുള്ള പുരുഷനെ കണ്ടെത്തുന്നത് എപ്പോഴാണോ പുരുഷൻ തന്റെ ഉള്ളിലുള്ള സ്ത്രീയെ കണ്ടെത്തുന്നത് രണ്ടും ഒന്നാവണത് അതോടുകൂടെ സൃഷ്ടി അവസാനിച്ചു പിന്നെ സൃഷ്ടി പറ്റില്ല സ്ത്രീയും പുരുഷനും ഒന്നായി കഴിഞ്ഞാൽ സൃഷ്ടി പോയി സൗന്ദര്യലഹരിയിൽ ഒരു ശ്ലോകമുണ്ട് നല്ലവണ്ണം ആഴത്തിൽ വിചാരം ചെയ്താൽ പ്രപഞ്ചത്തിന്റെ രഹസ്യം ആചാര്യസ്വാമികൾ അവിടെ പറഞ്ഞിരിക്കുന്നു ത്വയാ ഹൃത്വാമം വപുഹു അപരിതൃപ്തേ നമനസാം ശരീരാർത്ഥം ശംഭോ അപരമപി ശങ്കേ ഹൃതമഭൂത്ത് അംബികയ്ക്ക് പകുതി ശരീരം കൊടുത്തു ഭഗവാൻ അതും പോരാന്ന് പറഞ്ഞിട്ട് ആ ശക്തി പകുതി ബാക്കി പകുതി കൂടെ വിഴുങ്ങാൻ ശ്രമിക്കുക ബാക്കി പകുതി കൂടെ വാങ്ങിക്കാനുള്ള ശ്രമം അഥവാ ആ രീതിയാണ് ഈ പ്രപഞ്ചം മുഴുവൻ അതെപ്പോ ആ ബാക്കിയും കൂടെ എടുത്തു കഴിഞ്ഞു അതോടുകൂടെ അവസാനിച്ചു അതോടുകൂടെ സൃഷ്ടി അവസാനിച്ചു രണ്ടും ഒന്നായാൽ സൃഷ്ടി അവസാനിച്ചു രണ്ടായിട്ട് നിക്കുന്തോറും സൃഷ്ടി നടന്നുകൊണ്ടേയിരിക്കും അപ്പൊ ബ്രഹ്മാവിൽ നിന്ന് ഇത് രണ്ടു പുറപ്പെട്ടു ഒന്നായ നിന്ന ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ആ രണ്ട് തുടങ്ങിയതോടുകൂടെ മൂന്ന് നാല് ഇങ്ങനെ വികസിച്ച് വികസിച്ച് വികസിച്ച് പടർന്നു പോകും അല്ലെ വാസ്തവത്തില് സ്ത്രീക്ക് പുരുഷനും തമ്മിലുള്ള ആകർഷണം ഒന്നാവാനുള്ള ആകർഷണമാണ് പക്ഷെ അത് ഭൗതിക തലത്തിലാവുമ്പോ എന്താവണു ഒന്നാവണതിനു പകരം മൂന്നാവും നാലാവും അഞ്ചാവും ഇങ്ങനെ പെരുകി പെരുകി പെരുകി പോണം അല്ലെ അപ്പൊ ഉള്ളിൽ ഇത് കണ്ടെത്തിയാലോ ശരിയായ കല്യാണം എന്ന് പറയുന്നത് ആത്മാവിനെ കണ്ടെത്തലാണ് മനസ്സിനെ ആത്മാവിന് കല്യാണം കഴിച്ചു കൊടുക്കണം മനസ് ആത്മാവിൽ ലയിച്ചാൽ ശരിയായ വിവാഹം അപ്പൊ പിന്നെ അവിടെ പെരുകലൊന്നും ഉണ്ടാവില്ല ഐക്യമായിട്ട് തീരും പക്ഷെ അങ്ങനെയാണെങ്കിൽ സൃഷ്ടി നടക്കില്ലല്ലോ അപ്പൊ സൃഷ്ടി നടക്കാനാണ് ആദ്യം ബ്രഹ്മാവ് തന്നെ തന്നെ രണ്ടായി പിരിച്ചു അതില് മനുവും ശതരൂപയും അവര് ആദ്യത്തെ പ്രജാപരിപാലനം രാജാവാണ് മനു രാജ്യം പരിപാലനം ചെയ്യണു സമനുസ്മൃത താവകങ്ക്രിയുഗ്മ സമനുസ്മൃതാവകങ്ക്രിയുഗ്മ സമനു പങ്കജ സംഭവാജന്മാ നിജമന്തരമന്തരായീനം ചരിതം തേ കഥയൻ സുഖം നിനായ ഗൃഹസ്ഥാശ്രമത്തിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ മനുവിനെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടില്ല ഇനി പ്രജേതസികൾക്ക് ഭാഗവതത്തിലും ഭഗവാൻ ഇതാണ് ഉപദേശിക്കുന്നത് പ്രത്യേകളെ വിവാഹം കഴിക്കാൻ പറഞ്ഞപ്പോ അയ്യേ വിവാഹം കഴിച്ചാ കുടുംബത്തിൽ കുടുങ്ങി പോകില്ലേ ഗൃഹസ്ഥാശ്രമം എന്ന് വെച്ചാൽ മഹാകഷ്ട അല്ലേ ഗൃഹസ്ഥാഹ ശ്രമം എന്നാണ് ആശ്രമമല്ലാത്ത വിഷമം പറഞ്ഞു യാതൊരു വിധത്തിലും വിഷമിക്കണ്ട മത്കഥാ യാതയാമാനാം നബന്ധായ ഗൃഹാമതാഹ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്ന് ഭഗവത് കഥകൾ പറഞ്ഞു പരസ്പരം കേട്ടും രസിച്ചും ആനന്ദിച്ചും ധ്യാനിച്ചും സത്സംഗത്തിലും നാമജപത്തിലും നാമസങ്കീർത്തനത്തിലും കഴിയുകയാണെങ്കിൽ ഗൃഹസ്ഥാശ്രമം ബന്ധിക്കുകയേ ഇല്ല യാതൊരു വിധത്തിലും കെട്ടിയിട്ടില്ല ഈ ഭഗവത് ഭക്തി ഇല്ലെങ്കിൽ ജീവിക്കാൻ അറിയണേ ഉം ഋഷികൾ നമുക്ക് ജീവിക്കാനുള്ള വഴിയുമൊക്കെ പറഞ്ഞു തന്നു നമ്മൾ ഋഷികൾ പറഞ്ഞതൊന്നും കേൾക്കാതെ തോന്നിയ പോലെ ജീവിച്ച് കൊരങ്ങന്മാരെ പോലെ കയ്യിൽ കിട്ടിയ നല്ല മാല പിച്ചി ചീന്തണക്കോരങ്ങനെ പോലെ നല്ല ജീവിതം ഭഗവാനർപ്പിച്ച് സുഖമായിട്ട് ജീവിക്കാം ഒന്നും പണം സമ്പാദിക്കണ്ടെന്നും പറഞ്ഞില്ല ജോലി ചെയ്യണ്ട എന്നും പറഞ്ഞില്ല കുടുംബം നടത്തണ്ട എന്നും പറഞ്ഞില്ല എല്ലാത്തിനും അനുവദിച്ചു തോന്നും പക്ഷെ ഭക്തിയോടുകൂടെ ഭക്തിയോടുകൂടെ ആണെങ്കിൽ ബന്ധനമേ ഇല്ല ഭക്തി ഇല്ലെങ്കിൽ സർവവും ബന്ധിക്കും എന്തും ബന്ധിക്കും ഭക്തിയില്ലാത്ത തപസ്സു പോലും ബന്ധിക്കും അങ്ങനെയുള്ളപ്പോ പിന്നെ ബാക്കിയുള്ള കർമ്മങ്ങൾ പറയണോ അപ്പൊ ഭക്തിയോടുകൂടെയാണെങ്കിൽ ബന്ധനമേ ഇല്ല മനു അങ്ങനെയാത്ര ജീവിച്ചത് യാതൊരു തടസ്സമില്ലാതെ ഭഗവത് ഭക്തി അങ്ങനെ ചെയ്തുകൊണ്ട് എഴുപത്തിയൊന്ന് ചതുർയുഗ കാലം യാതൊരു തടസ്സവും കൂടാതെ ജീവിച്ചു എന്ന് ഒരു യാതൊരു വിഘ്നവുമില്ല എന്താന്ന് വെച്ചാ ഭഗവാനെ പിടിച്ചാൽ എവിടെ വിഘ്നം അങ്ങനെ ഉള്ളിലെ ഭഗവത് സ്മൃതിയോടുകൂടെ ഭഗവത് കഥകളൊക്കെ അനുസന്ധാനം ചെയ്തുകൊണ്ട് ഭഗവത് തത്വം അനുസന്ധാനം ചെയ്തുകൊണ്ട് മനു അങ്ങനെ കഴിച്ചുകൂട്ടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർദമ പ്രജാപതി കർദമ പ്രജാപതിയോട് ബ്രഹ്മാവ് തപസ് സൃഷ്ടി ചെയ്യാൻ പറഞ്ഞു കർദമ പ്രജാപതി പറഞ്ഞു ഞാൻ കുറച്ച് തപസ് ചെയ്യട്ടെ കുറച്ചു കാലം അങ്ങോട്ട് തപസ് ചെയ്യാം എന്നു പറഞ്ഞ് കുറെ ആയിരം വർഷങ്ങള് ഭഗവാനെ എങ്ങനെ തപസ് ചെയ്തുകൊണ്ട് കർദ്ദമൻ വസിച്ചു ഭഗവാൻ കർദമ പ്രജാപതിയുടെ മുമ്പിൽ ആവിർഭവിച്ചു ഗരുഡോ സരോജ പാണിപത്മം ഹോല്ലുരുഷേ ഗരുഡന്റെ മേലെ കാർമേഘം പോലെ കരുത്തമേഘം പോലെ സുന്ദരമായ വപുസോടുകൂടെ ഭഗവാൻ ദിവ്യമായും അന്തഹസിച്ചുകൊണ്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ട് കർദ്ദമന്റെ മുമ്പില് ആവിർഭവിച്ചു രോമാഞ്ചമുണ്ടായി കർദ്ദമന് പുളകമുണ്ടായി വീണു നമസ്കരിച്ചു ഭഗവാനെ സ്തുതിച്ചു ഭഗവാൻ കർദ്ദമ പ്രജാപതിയോട് പറഞ്ഞു മനുവിന്റെ മകളായ ദേവഹൂതിയെ പത്നിയായിട്ട് സ്വീകരിക്കാം ഭഗവാന്റെ ആജ്ഞപടിയാണ് വിവാഹം ഭഗവാന്റെ ആജ്ഞയ്ക്കനുസരിച്ചാണ് വിവാഹം ദേവഹൂതിയെ പത്നിയായിട്ട് സ്വീകരിക്കാം അതിലെ പുത്രികളുണ്ടാവും അവസാനം ഒരു പുത്രൻ ഉണ്ടാവും ലോകത്തിനെ മുഴുവൻ അനുഗ്രഹിക്കാൻ പുത്രനായി ഞാൻ തന്നെ ആവിർഭവിക്കും ഇങ്ങനെ ഭഗവാൻ കർദമ പ്രജാപതിയെ അനുഗ്രഹിച്ചു ഈ സമയം മനുപ്രജാ മനുവും ശതരൂപയും ദേവഹൂതിയും കൂട്ടിക്കൊണ്ട് കർദ്ദമ പ്രജാപതിന്റെ ആശ്രമത്തിലേക്ക് കർദ്ദമ ആശ്രമത്തിലേക്ക് വന്നു അവിടെ കർദ്ദമൻ തപസ്വിയായിട്ടിരിക്കണം മനു വന്ന് നമസ്കരിച്ചു പറഞ്ഞു അവിടുന്ന് ഞങ്ങളുടെ പുത്രിയെ വിവാഹം കഴിക്കണം ദേവഹൂതി അഖണ്ഡാനന്ദജി ദേവഹൂതി എന്നുള്ള പേര് വ്യാഖ്യാനം ചെയ്യുമ്പോൾ വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്ന ഒരു വലിയ മഹാത്മാവാണ് അഖണ്ഡാനന്ദ സരസ്വതി അദ്ദേഹത്തിന്റെ ഭാഗവത വ്യാഖ്യാനങ്ങളൊക്കെ വളരെ പ്രസിദ്ധമായ ഇന്ത്യയിലും വളരെ അതീവ അഗാധമായിട്ടുള്ള വ്യാഖ്യാനം ഭാഗവത ദർശനം എന്ന് പറഞ്ഞു വലിയ രണ്ട് ഗ്രന്ഥങ്ങൾ ദശമസ്കന്ധം മാത്രമായിട്ടൊരു ഗ്രന്ഥം ഏകാദശം മാത്രമായിട്ടൊരു ഗ്രന്ഥം അതുകൂടാതെ ഭാഗവതത്തിന് സഹായമായിട്ടുള്ള അനേകം ഗ്രന്ഥങ്ങൾ നല്ലവണ്ണം ആഴത്തിൽ വേദാധ്യയനം ചെയ്ത് ശാസ്ത്രങ്ങൾ പഠിച്ച് വൃന്ദാവനത്തിലെ ഭഗവാനെ ഭജിച്ചുകൊണ്ടും ഇരുന്ന് ഒരു മഹാത്മാവ് അദ്ദേഹം ദേവഹൂതി എന്നുള്ള പേര് വ്യാഖ്യാനം ചെയ്യുമ്പോ അതിന് പറഞ്ഞു അർത്ഥം പറഞ്ഞു ദേവം ഹയതി ഇത് ദേവഹൂതി ഭഗവാനെ പുത്രനായി വരണം എന്ന് മാടി വിളിച്ചവൾ എന്നുവെച്ചാ അതിനുള്ള യോഗ്യത അവൾക്കുണ്ടായിരുന്നു എന്ന് അർത്ഥം ഭഗവാൻ തന്റെ ഗർഭത്തിൽ ജനിക്കണം എന്ന് ഭഗവാനെ ആഹ്വാനം ചെയ്തവളാണ് ദേവഹൂതി ആ ദേവഹൂതിയെ മനു ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് മനുവിനും ഭഗവാന്റെ ആജ്ഞ അങ്ങനെ ഭഗവാന്റെ ആജ്ഞയനുസരിച്ച് നാരദമഹർഷി ഉപദേശിച്ച വിധം മനു ദേവഹൂതിയെയും കൂട്ടി കർദമന്റെ ആശ്രമത്തിലേക്ക് വന്നു മനുനോപഹൃതം ചേവൂതി തരുണീരത്നമവ്യകർദമോസൗർച്ച നിവൃതോപി തസ്യം ദൃഢശുശ്രൂഷണയാ ദൗ പ്രസാദം കൊച്ചുരുക്കി കഥയൊക്കെ ഭാഗവതകഥ ദേവഭൂതിയെ വിവാഹം കഴിക്കണം എന്ന് കർദമപ്രജാപതിയോട് പറഞ്ഞപ്പോ കർദമ പ്രജാപതി പറഞ്ഞു ഭഗവാൻ എനിക്കും ആജ്ഞ തന്നിട്ടുണ്ട് അതുകൊണ്ട് വിവാഹം കഴിക്കാം ഭഗവാൻ ആജ്ഞ തന്നിട്ട് തപസ്വികളായിട്ടുള്ളവരിങ്ങനെ വിവാഹം കഴിച്ചിട്ടാണ് മഹാപുരുഷന്മാര് ജനിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രത്തിലെ ജ്ഞാനേശ്വർ നമുക്കറിയാം ജ്ഞാനേശ്വരി എന്ന് പറഞ്ഞു മലയാളത്തിലിപ്പോ ഭഗവത്ഗീത അത് നാലു മക്കളാണ് നാലു പേരും ജ്ഞാനികൾ നിവൃത്തിനാഥ് ജ്ഞാനേശ്വർ സോപാനദേവ് മുക്താഭായ് മുക്താഭായ് പെൺകുട്ടി ഇവര് ജനിക്കാൻ മൂല കാരണം ഇവരുടെ അച്ഛൻ വിട്ടൽപന്ത് മഹാരാഷ്ട്രത്തില് പൈഠാൻ എന്ന് പറയുന്ന ഗ്രാമമാണ് പ്രതിഷ്ഠാനപുരം ആണ് ആ പേര് അവിടെ ഉണ്ടായിരുന്ന നല്ല പണ്ഡിതനാണ് വിട്ടൽപന്ത് വിട്ടൽപന്ത് ചെറുപ്പത്തില് തന്നെ ബ്രഹ്മചാരിയായിരിക്കുമ്പോ തന്നെ സന്യാസിക്കണമെന്ന് ആശിച്ചത് അത്രേ അപ്പൊ ഇങ്ങനെ അലഞ്ഞു നടക്കുമ്പോൾ ഒരു ബ്രാഹ്മണന്റെ വീട്ടില് ഉമ്മർത്ത് കിടന്നു കിടന്നപ്പോ രാത്രി സ്വപ്നത്തില് ഭഗവാൻ വന്ന് പറഞ്ഞു ഈ വീട്ടിലെ പെൺകുട്ടിയെ ഈ ബ്രാഹ്മണൻ നാളെ താങ്കൾക്ക് തരാം എന്ന് പറയും അദ്ദേഹത്തിനും ഞാൻ ആജ്ഞ കൊടുക്കണുണ്ട് അങ്ങ് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കണം അങ്ങയുടെ വധുവാക്കണം അങ്ങക്ക് എന്റെ അംശത്തോടു കൂടെ തന്നെ മക്കളെ ജനിക്കും എന്ന് ഇതൊക്കെ അടുത്ത കാലത്ത് പുരാണകാലമല്ല അപ്പൊ പുരാണങ്ങളൊക്കെ വിശ്വസിക്കണമെങ്കിൽ ഇങ്ങനത്തെ കഥകളൊക്കെ അറിഞ്ഞാൽ നമുക്ക് നല്ലവണ്ണം തെളിയും ഒരു അഞ്ഞൂറ് അറുന്നൂറ് വർഷം മുമ്പ് അപ്പൊ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ അങ്ങേക്ക് എന്റെ അംശത്തോടുകൂടെ തന്നെ ഉള്ള കുട്ടികൾ ജനിക്കും എന്ന് വിട്ടൽ പന്തിന് ഭഗവാന്റെ ആജ്ഞ അതേസമയം ആ വീട്ടിലുള്ള ബ്രാഹ്മണനും ഭഗവാന്റെ ആജ്ഞമുണ്ടായി ആ ബ്രാഹ്മണം വിവാഹം കഴിച്ചു കൊടുത്തു അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു വിവാഹം കഴിച്ചു കൊടുത്തു വിവാഹം കഴിച്ച് കുറെ വർഷത്തിന് കുട്ടികളൊന്നും ഉണ്ടായില്ല ഇദ്ദേഹത്തിനാണെങ്കിൽ ജന്മനാഥന വൈരാഗ്യം ഉള്ളില് അദ്ദേഹത്തിന് തോന്നിയ ഒരു പക്ഷേ എനിക്ക് വല്ല ഉള്ളിൽ ആശകൾ വല്ലതും ബാക്കി ഉണ്ടായിരുന്നത് ഭഗവാന്റെ ആജ്ഞ പോലെ ദർശനം പോലെ തോന്നിയതായിരിക്കും എന്റെ ഉള്ളിൽ വിവാഹം കഴിക്കണമെന്ന് വല്ല ആശയ ഉണ്ടായിരുന്നിട്ടുണ്ടാവും അതുകൊണ്ട് ചിലപ്പോ ഈ ഭഗവാൻ ദർശനം തന്നതായിട്ട് തോന്നിയതായിരിക്കും ആ ഇതിന്റെ പേരിൽ സംസാരത്തിൽ കൊടുങ്ങരുത് എന്ന് പറഞ്ഞു ഒരു ദിവസം ആരോടും പറയാതെ വീട്ടിൽ നിന്നിറങ്ങി ഒരു പോക്ക് പോയി അദ്ദേഹം കാശിയിലേക്ക് മഹാരാഷ്ട്രത്തുനിന്ന് കാശിയിൽ പോയി കാശിയിൽ പോയി കാശിയിൽ ഗംഗയുടെ തീരത്തെ കബീറിന്റെ ഒക്കെ ഗുരു സ്വാമി രാമാനന്ദൻ ആ രാമാനന്ദന്റെ ആശ്രമത്തിൽ പോയി രാമാനന്ദ സ്വാമിയോട് എനിക്ക് സന്യാസം വേണമെന്ന് പറഞ്ഞു അത്രയും അദ്ദേഹം വളരെ കാരുണ്യവാനായിരുന്നു അദ്ദേഹം ആർക്കും ചോദിച്ചാൽ അധികം അന്വേഷിക്കാതെ കൊടുക്കണ ആളായിരുന്നു അങ്ങയുടെ കർത്തവ്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് മാത്രം ചോദിച്ചു എന്നാണ് വിട്ടൽ പന്തിനോട് വിട്ടൽ പന്ത് വേറെ ഒന്നും പറയാതെ കർത്തവ്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് മാത്രം പറഞ്ഞു സന്യാസം കൊടുത്തു കൊറേ കഴിഞ്ഞപ്പോ രാമാനന്ദ സ്വാമി യാത്രയായിട്ട് കാശിയിൽ നിന്ന് നടന്നു വരികയാണ് അപ്പൊ നോക്കണം വിധി ഭഗവാൻ എങ്ങനെയൊക്കെ കളിക്കണമെന്ന് നോക്കണം നടന്ന് വരുന്ന ഇവരുടെ ഈ ഗ്രാമത്തിൽ തന്നെ വന്നു ഈ പൈഠൺ പ്രതിഷ്ഠാനപുരത്തിൽ തന്നെ വന്നു ഈ സമയം ഈ വിട്ടൽ പന്തിന്റെ ഭാര്യ അമ്മയ്ക്ക് ഭർത്താവ് വിട്ടുപോയത് മുതൽ ദുഃഖം ദുഃഖിച്ച് ദുഃഖിച്ച് അനേകം സാധുക്കളെ ചെന്ന് കണ്ടു അതിൽ ആരോ പറഞ്ഞു അദ്ദേഹം മരിച്ചൊന്നും പോയിട്ടില്ല എവിടെയോ ഉണ്ട് കാശിയില് സന്യാസമെടുത്തിരിക്കണു എന്ന് ആരോ പറഞ്ഞു അറിഞ്ഞു അവിടെ ഉണ്ട് അദ്ദേഹം തിരിച്ചു വരും അതുവരെ ആലുമരത്തിന് പ്രദക്ഷിണം ചെയ്യാന്ന് പറഞ്ഞു അത്ര ആൽവൃക്ഷത്തിന് പ്രദക്ഷിണം ചെയ്യാം അപ്പൊ ഈ രാമാനന്ദ സ്വാമി നടന്നു പോണ ആള് ഈ ആൽവൃക്ഷത്തിന്റെ ചുവട്ടിൽ വന്നിരിക്കണം അവിടെ ഈ അമ്മ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിക്കുക അപ്പൊ ആൽവൃക്ഷത്തിന് പ്രദക്ഷിണം ചെയ്യുമ്പോ സാധാരണ കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യും പുത്രലാഭത്തിന് വേണ്ടി ഇപ്പൊ ഈ അമ്മ ഈ രാമാനന്ദ വന്ന് നമസ്കരിച്ചപ്പോ അദ്ദേഹം എന്ത് പറഞ്ഞു പുത്രവതീ ഭവ എന്ന് അനുഗ്രഹിച്ചു ഈ അമ്മ കരയാൻ തുടക്കി എന്തിനാ കരുണത അങ്ങനെ പുത്രവദീ ഭവെന്ന് അനുഗ്രഹിച്ചു എന്റെ ഭർത്താവാണെങ്കിൽ ഇപ്പൊ എന്റെ കൂടെ ഇല്ല എവിടെയോ പോയി അദ്ദേഹം എവിടെയാണെന്ന് ആർക്കും അറിയില്ല ആരോ പറഞ്ഞു കാശിയിലുണ്ട് എന്ന് എവിടുന്നോ ഒരു വാർത്ത കേട്ടു അത് സത്യമാണോ എന്ന് അറിയില്ല ഇത് പറഞ്ഞത് ഏകദേശം പറഞ്ഞാൽ മേധാവതികൾക്ക് ഊഹിക്കാൻ കഴിയില്ലേ വിട്ടൽ പന്ത് മഹാരാഷ്ട്രക്കാരനാണ് അറിയാം അദ്ദേഹത്തിനു അപ്പൊ അദ്ദേഹം ഭർത്താവിനെ കുറിച്ചുള്ള വിശേഷണങ്ങളൊക്കെ ചോദിച്ചു വിശേഷങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലായി ഉടനെ ഒരു കുതിരക്കാരനെ വിളിച്ച് കാശിയിലേക്ക് പറഞ്ഞുവെച്ചു വിട്ടൽ പന്തിനെ വിളിച്ചോണ്ട് വരിക ഇദ്ദേഹം വന്നില്ല ഗുരു ദക്ഷിണ ദിക്കിലേക്ക് യാത്ര എന്ന് പറയുമ്പോ തന്നെ എവിടെങ്കിലും ബന്ധുക്കളെ കാണേണ്ടി വരുമോ എന്ന് കാശിയിലെ ഇരുന്നതാണ് അപ്പോഴാണ് ഇവിടെ ഗുരുവിന്റെ ആജ്ഞ ഒരു ആളെ അയച്ച് വിൽ പന്തിനെ കൊണ്ടുവരാൻ പറഞ്ഞു കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു കൂട്ടിക്കൊണ്ടുവന്നിട്ട് സന്യാസി വേഷത്തിലാണ് വന്ന് നമസ്കരിച്ചു അപ്പൊ തന്നെ വിട്ടൽപ്പന്തനും മനസ്സിലായി കഴിഞ്ഞു ഗുരു തന്നോട് എന്തോ ആജ്ഞ ചെയ്യാൻ പോവാണ് രാമാനന്ദ സ്വാമികൾ പറഞ്ഞു ധർമ്മമോ അധർമ്മമോ ശരിയോ തെറ്റോ അതൊന്നും ചിന്തിക്കരുത് ഇത് ഗുരുവിന്റെ ആജ്ഞ ഭഗവാന്റെ ആജ്ഞ വീണ്ടും ഗ്രഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കാം ഞാൻ വായിന്നൊരു വാക്ക് വിട്ടുകഴിഞ്ഞു തന്റെ ഭാര്യയ്ക്ക് പുത്രവതീ ഭവ എന്ന് ആശീർവദിച്ചു കഴിഞ്ഞു ഇനി അത് തിരിച്ചെടുക്കാൻ പറ്റില്ല ഋഷീണാം പുനരാധ്യാനാം വാചമർത്ഥോണുധാപതി അതുകൊണ്ട് വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞു പുത്രേ വിവാഹം കഴിക്കല ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കുക സന്യാസം ഉപേക്ഷിച്ച് നിവർത്തിയില്ല സന്യാസം ഉപേക്ഷിച്ച് ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ചു അതിനുശേഷം ആശ്ചര്യമായിട്ട് നാല് പുത്രൻ മൂന്ന് പുത്രന്മാരും ഒരു പുത്രി ഉണ്ടായി നാലു പേരും ശരിക്കും രത്നം ആ ഗ്രാമത്തിലുള്ളവരൊക്കെ നിന്ദിച്ചു അദ്ദേഹത്തിന് സന്യാസിക്ക് ഒരു പുത്രൻ ജനിക്കുക എന്ന് വെച്ചാൽ ആർക്കും അത് സഹിക്കില്ല ധർമ്മത്തിന് വിരുദ്ധം അതിനൊരേ ഒരു പ്രായശ്ചിത്വമേ ഉള്ളൂ ഏതെങ്കിലും തീർത്ഥ വീണു മരിക്കണം ഇതിലാ വിട്ടൽ പന്തിനും അറിയാം ഈ നാല് കുട്ടികൾ ഉണ്ടായതോടോടുകൂടെ അദ്ദേഹം നിശ്ചയിച്ചു മക്കളുടെ നന്മയ്ക്ക് വേണ്ടി അച്ഛനും അമ്മയും നദിയിൽ വീണു മരിച്ചു പിന്നെയുള്ള ജ്ഞാനേശ്വരന്റെ കഥയൊക്കെ നമുക്കറിയാം അതിവിടെ വിഷയമല്ല നമുക്കിപ്പോ അവര് നാലു പേരും ജ്ഞാനികളായിരുന്നു അപ്പോ മഹാത്മാക്കൾക്ക് മഹാത്മാക്കൾ ജനിക്കുന്നു ഒരു ശ്ലോകമുണ്ട് മഹാത്മാ ജന്മനൈവ സാത് കർമ്മണാനൈവ പറയും ജനിക്കുമ്പോൾ തന്നെ തുളസി ജനിക്കുമ്പോഴേ മണക്കണം പോലെ ജ്ഞാനികൾ ജനിക്കുമ്പോഴേ മണത്തുകൊണ്ട് വരും ജ്ഞാനത്തിന്റെ പ്രകാശത്തോടുകൂടിയേ വളർന്നു വരണം അപ്പോ അതുപോലെ ജനിക്കുന്നതിന് നിസർഗമായി ജനിക്കുമ്പോ തന്നെ ജ്ഞാനത്തോടെ വരിക എന്നുള്ളതിനാണ് നമ്മൾ ഭഗവാന്റെ അംശം ഭഗവത് അവതാരം എന്ന് പറയണത് ഇവിടെ കർദമ പ്രജാപതിക്ക് ഭഗവാൻ പുത്രനായി ഉദ്ഭവിക്കാൻ നിശ്ചയിച്ചു കഴിഞ്ഞു അങ്ങനെയുള്ളപ്പോഴാണ് കർദ്ദമ പ്രജാപതിക്കും ഭഗവാന്റെ ആജ്ഞ മനുവിനും ആജ്ഞ മകളെ വിവാഹം കഴിച്ചു കൊടുക്കണം കർദമ പ്രജാപതി ഒരു കണ്ടീഷൻ വെച്ചു ഒരു പുത്രൻ ജനിച്ചാൽ ഞാൻ പരിവ്രാജകനായിട്ട് പുറപ്പെടുന്നു അങ്ങനെയാണെങ്കിലും വേണ്ടില്ല എന്ന് പറഞ്ഞു വിവാഹം കഴിച്ചു കൊടുത്തു വിവാഹം കഴിച്ചു കൊടുത്ത അനേക കാലം അദ്ദേഹം ഭഗവാനെ തന്നെ ഉപാസിച്ചുകൊണ്ട് തപസ് ചെയ്തുകൊണ്ട് അങ്ങനെ കഴിച്ചു കൂട്ടി ഭവതർച്ച നിർവൃത്തോപി അനേക കാലം ഭഗതർച്ചന നിർവൃത്ത ഭഗവാനെ അർച്ചിക്കുന്നതിൽ നിർവൃതി പൂണ്ടുകൊണ്ടും ആനന്ദം അനുഭവിച്ചുകൊണ്ട് കർദമപ്രജാപതിയുടെ കാലം അങ്ങനെ പോയി കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് ആ വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് ഓർമ്മ ഒന്നാണ് തന്ന അത്രകാലം വിവാഹത്തിന്റെ ഓർമ്മയെ അദ്ദേഹത്തിന് ഇല്ല കല്യാണം കഴിച്ചതെന്നുള്ള ഓർമ്മയേ ഇല്ല അദ്ദേഹത്തിന് പിന്നെയാണ് ദേവഹൂതിയുടെ ആ ശുശ്രൂഷ കൊണ്ട് സന്തോഷപ്പെട്ട കർദ്ദവൻ ദേവഹൂതിയെ തന്റെ യോഗവൈഭവം കൊണ്ട് അനേക ദിവ്യ ലോകങ്ങളിലൊക്കെ കൂട്ടിക്കൊണ്ടുപോയി തന്നെ ഒമ്പതാക്കി ചെയ്ത് ദേവഭൂതിയുമായി രമിച്ചു അങ്ങനെ അനേക പെൺകുട്ടികൾ ഉണ്ടായി ക്രമേണ പെൺകുട്ടികൾ ഉണ്ടായി കുറച്ചു കഴിഞ്ഞതും ഇദ്ദേഹത്തിന് വീണ്ടും ഈ തപശക്തി ഉള്ളിലുള്ളവർക്ക് വൈരാഗ്യം ലോക വിഷയങ്ങളെ അനുഭവിക്കുന്നതോറും വൈരാഗ്യം വരും ജ്ഞാനം ഉള്ളിലുള്ളവർക്ക് വിഷയങ്ങളെ അനുഭവിക്കുന്നതോറും വൈരാഗ്യം വരും ജ്ഞാനം ഉള്ളിലില്ലാത്തവർക്ക് വിദ്യാരണ്യസ്വാമികൾ അതാണ് ഭേദം പറയണത് ഇപ്പോ വെറുതെ ജ്ഞാനത്തിനെ അറിഞ്ഞിട്ട് എന്ത് പ്രയോജനം പ്രായോഗികത്തിന് വരണ്ടേ എന്ന് ചോദിക്കും അതിന് വിദ്യാരണ്യസ്വാമികൾ ഒരു കാര്യ ഒരു വ്യാഖ്യാനം വരണത് ആർക്ക് ബ്രഹ്മവിദ്യയെ അറിഞ്ഞോ അവർ കേട്ടറിഞ്ഞിട്ടുണ്ടോ ഇതാണ് ലക്ഷ്യമെന്ന് അറിഞ്ഞിട്ടുണ്ടോ അവർക്ക് അനുഭവത്തിൽ വന്നിട്ടില്ലെങ്കിൽ പോലും ഈ അറിവ് ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ വിഷയങ്ങളെ അനുഭവിക്കും തോറും വൈരാഗ്യം കൂടും അയ്യോ നമ്മളിതൊക്കെ അറിഞ്ഞിട്ട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കണമല്ലോ എന്ന് വൈരാഗ്യം വേറെ ഒരു വശത്ത് ഈ അറിവേ ഉള്ളിലില്ലാത്തവൻ വിഷയങ്ങളിൽ സുഖബുദ്ധിയോടുകൂടെ വീണ്ടും വീണ്ടും രമിക്കും അത് വിട്ടുപോയാൽ അയ്യോ വിട്ടുപോയല്ലോ എന്ന് കരയും അതാണോ വ്യത്യാസം ഇപ്പൊ കർദമ പ്രജാപതിക്കാവട്ടെ ഇത് കുറെ കഴിഞ്ഞ് കുട്ടികൾ പെൺകുട്ടികളൊക്കെ ഉണ്ടായപ്പോൾ ഒരു ദിവസം അദ്ദേഹം പുറപ്പെട്ടു ഇവിടെ തപസിനായി കാട്ടിലേക്കായി പുറപ്പെട്ടു ഭാഗവതത്തിലാവട്ടെ പ്രവൃതിശന്തം അങ്ങനെ പരിവ്രാതകനായിട്ട് ഒരു അവധൂതനെ പോലെ അങ്ങോട്ട് പുറപ്പെട്ടു എന്നാണ് ഇവിടെ തപസ്സിനായി പുറപ്പെട്ടു എന്ന് പറയുന്നു ഭട്ടതിരി പുറപ്പെട്ടു ഏതായാലും സന്യാസിയെ പോലെ അങ്ങോട്ട് പുറപ്പെട്ടു അപ്പൊ തന്നെ ദേവഭൂതിക്ക് കർത്തവന്റെ മുമ്പിൽ ചെന്ന് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു ഭഗവാനെ ഞാനിങ്ങനെ പറയണമെന്ന് വിചാരിക്കരുത് അവിടുന്ന് ബ്രഹ്മനിഷ്ഠനാണ് എല്ലാം അറിഞ്ഞ ആളാണ് അങ്ങനെ പോലെ ഒരു മഹാത്മാവിന്റെ സംഘം ഏർപ്പെട്ടാൽ ഉള്ളിലുള്ള അജ്ഞാനം നീങ്ങും എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്കിതാ സംഗോയ സംസൃതയർ ഹേതുഹു അസത്സുവിഹിതോ അധിയാ സയേവ സാധുഷു കൃത ലോകവിഷയങ്ങളോട് ലോകത്തിലുള്ളവരോട് സാധാരണ ആളുകളോട് സംഘം വെച്ചാൽ അത് ബന്ധത്തിന് കാരണം അതേ സംഘം ജ്ഞാനികളുടെ അടുത്തോ യതികളുടെ അടുത്തോ വയ്ക്കുകയാണെങ്കിൽ അത് തന്നെ നിസ്സംഗത്തിനും വൈരാഗ്യത്തിനും ഭക്തിക്കും ജ്ഞാനത്തിനുമൊക്കെ കാരണമായിട്ട് തീരും അങ്ങനെയുള്ളപ്പോ എനിക്കെന്താ അങ്ങയോട് ഇത്രകാലം ബന്ധം വെച്ചിട്ടും ഇപ്പോഴും ഈ പുത്രനു വേണ്ടിയുള്ള ആഗ്രഹം തോന്നുന്നു ഇന്ദ്രിയ വിഷയങ്ങളെന്ന് ഞാൻ ഇനിയും വിട്ടുവന്നില്ലല്ലോ സാഹം ഭഗവതോനൂനം വഞ്ചിതാ മായയാ ദൃഢം യത്വാം വിമുക്തി പ്രാപ്യ ന മുക്ഷേയ ബന്ധനാത്ത് മുക്തിയെ തരാൻ ശക്തിയുള്ള അവിടുത്തെ സംഘം കിട്ടിയിട്ടും ഞാൻ മുക്തിയെ ചോദിക്കാതെ ഇങ്ങനെ കഴിച്ചു കൂട്ടണമല്ലോ കർദ്ദമപ്രജാപതിക്ക് അപ്പൊ ഓർമ്മ വന്നു ദേവഭൂതിയുടെ വാക്ക് അദ്ദേഹം തെറ്റിദ്ധരിച്ചില്ല അദ്ദേഹത്തിന് ഓർമ്മ വന്നു ആ ഭഗവാൻ തന്നെ പുത്രനായിട്ട് ജനിക്കാൻ പോണു ഇപ്പൊ ഈ പുത്രോത്പത്തിക്ക് മുമ്പ് ഞാൻ പുറപ്പെട്ടു പോണത് ശരിയല്ല ദേവഹൂതിയെ ഭഗവത് അർച്ചനയ്ക്കായിട്ട് നിയോഗിച്ചു ഭഗവാനെ ആരാധിച്ചു കുറച്ചു കാലം കഴിഞ്ഞതും ഭഗവാൻ ദേവഹൂതിയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചു വനമേ യുഷി കർദമേ പ്രസന്നേ മതസർവസ്വമുപാതിശഞ്ജനന് നിജഭർത് നിഷേവാ നിരതായവദേവഹൂത്യം കയത ജനാനം പ്രതഗിഷ്യൻ പരമാത്മതത്വവിദ്യ ദേവഹൂതിയുടെ ഗർഭത്തില് ഭഗവാൻ പ്രവേശിച്ചു ദേവന്മാരൊക്കെ വന്ന് ഭഗവാനെ സ്തുതിച്ചു ക്രമേണ കപില ഭഗവാൻ അവതരിച്ചു കപിലൻ അവതരിച്ചു കപിലന് കണ്ടാൽ ഒരു വിപരീതമായ രൂപം നമ്മുടെ ഭാരതീയരുടെ വർണ്ണവും രൂപമൊന്നും അല്ലാത്ത അദ്ദേഹത്തിന് ഭാരതത്തിലും മറ്റ് ശാസ്ത്രങ്ങളൊക്കെ പറയണത് അദ്ദേഹത്തിന്റെ വർണ്ണവും തലയിലുള്ള ചെമ്പിച്ച മുടിയും കാഞ്ചി പരമാചാര്യർ കാലിഫോർണിയ എന്നുള്ളത് കപിലാരണ്യമാണോ എന്ന് പറയും അവിടെ അതിനുള്ള പല തെളിവുകളും ഉണ്ട് എന്നാണ് പരമാചാരിയർ അദ്ദേഹത്തിന്റെ ഒരു ലെക്ചറിൽ എന്നാ കപിലിന് രൂപം തന്നെ വിചിത്രമാണ് സിദ്ധന കപിലഭഗവാൻ അവതരിച്ചു പരമാത്മതത്വവിദ്യയെ ഉപദേശിക്കാനായി സാങ്കിശാസ്ത്രത്തിനെ ഉപദേശിക്കാനായി കപിലഭഗവാൻ അവതരിച്ചു അങ്ങനെ കപിലഭഗവാൻ അവതരിച്ച് പുത്രൻ തന്നെ പരമാത്മസ്വരൂപിയായി ഇരിക്കണം അങ്ങനെ ഇരിക്കുമ്പോ പുത്രന്റെ അടുത്ത് തന്നെ ഇരുന്ന് പരമാത്മവിദ്യ ഗ്രഹിച്ചാൽ മതിയല്ലോ പക്ഷേ അത് പോരാന്ന് ഇവിടെ കർദവന് പരിവർത്തനം ചെയ്യണം എന്നുള്ള ബുദ്ധി വന്നു നിശ്ചയിച്ചതാ മുൻകൂട്ടി നിശ്ചയിച്ചതാണ് അതുകൊണ്ട് മകനാണെന്നുള്ള വിചാരമൊന്നുമില്ലാതെ ചെന്ന് നമസ്കരിച്ചു അച്ഛൻ നമസ്കരിച്ചു അതാണ് ഈ ജ്ഞാനകല എന്ന് പറഞ്ഞത് കൃഷ്ണാവതാരത്തിൽ ഇത് പറ്റില്ല കൃഷ്ണാവതാരത്തിൽ വസുദേവനും ദേവകിയും കൃഷ്ണനെ നമസ്കരിക്കില്ല അത് ഈ മാത്രം ആ ദർശനം കൊടുക്കുമ്പോ മാത്രം അല്ലെങ്കിലോ പുത്രനാണ് എന്നേ തോന്നുള്ളൂ ഞങ്ങളുടെ കുട്ടിയാണ് തോന്നുള്ളൂ കൃഷ്ണനെ നമസ്കരിക്കണം എന്ന് എത്ര പറഞ്ഞു കൊടുത്താലും എത്ര ബോധിപ്പിച്ചാലും നാരദനൊക്കെ പറയുന്നുണ്ട് മാ അപത്യബുദ്ധിമകൃത കൃഷ്ണനിൽ പുത്രനാണോ എന്ന് മാത്രം വിചാരിക്കരുത് നോക്ക് പറയണു വസുദേവരോട് എന്നാലും പുത്രനാണോ എന്ന് തോന്നും എന്താന്ന് വെച്ചാൽ കൃഷ്ണാവതാരം അങ്ങനെയാണ് പക്ഷേ ഈ കപിലാവതാരത്തിൽ അച്ഛൻ എങ്ങനെയുള്ള അച്ഛൻ മഹാതപസ്വി പ്രജാപതി അങ്ങനെയുള്ള ഗർദമ പ്രജാപതിക്ക് പോലും തന്റെ മകനാണോ എന്ന് തോന്നുന്നില്ല ചെന്ന് നമസ്കരിക്കുകയാണ് മുൻപു ചെന്ന കൈകൂപി നമസ്കരിച്ചു ്വാം സൂരിഭിസ്ഥത്സയാദ സാവിവാദാർഹണ പാദപീഠം ഐശ്വര്യവൈരാഗ്യയശോവോധ വീര്യശ്രിയാ പൂർത്തമഹം പ്രപദ് പരമ്പം പുരുഷം മഹന്തളം കവിവൃതം ലോകപാളം ആത്മാനുഭൂ അനുഗത പ്രപഞ്ചം സ്വച്ഛന്തശക്തി കപിലം പ്രപദ്ധ്യേ ഭഗവാനെ അങ്ങക്ക് ഞാൻ പ്രവൃത്തി ചെയ്യുന്നു കപില ഭഗവാനെ അവിടത്തേക്ക് പ്രവൃത്തി ചെയ്യുന്നു ശരണാഗതി അവിടുത്തെ ദാസനാണ് ഞാൻ എന്നാലും ഇവിടെ വർ വസിക്കാൻ വയ്യ പരിവ്രജനം ചെയ്യണം എന്നുള്ള ബുദ്ധി വന്നിരിക്കണം അതുകൊണ്ട് എനിക്ക് അനുവദിച്ച് എന്നെ അനുഗ്രഹിച്ച് ഉപദേശിച്ച് ആസ്മാേദ്യ പതി പ്രജാനം ത്വയാവതിർാർണ ഉതാപ്താമഹ പരിവ്രജപദവീം അസ്ഥിതോഹം ചരിഷ്യേ ം ഹൃദയുഞ്ജൻ വിശോക അങ്ങേ പുറമേ കാണുക അല്ല അങ്ങേ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ഞാനിത് ആ പരിവ്രാചകനായി പുറപ്പെടാനാണ് എന്ന് പറഞ്ഞ് കപിലഭഗവാന്റെ മുമ്പിൽ കൈകുപ്പി നിന്നു കർദവൻ കപിലഭഗവാൻ അനുഗ്രഹിച്ചു മകൻ അച്ഛനാണോ എന്ന് തോന്നുന്നുണ്ടോ കൃഷ്ണാവതാരത്തിൽ ഒരുപക്ഷേ വസുദേവർക്ക് നാലുപേര് പറഞ്ഞു കൊടുത്തിട്ട് വസുദേവർ ഭഗവാനാണെന്ന് വിചാരിച്ച് കൈകൂപ്പിയാൽ പോലും ഭഗവാൻ പറയും അയ്യോ അച്ഛൻ എന്നെ നമസ്കരിക്കരുത് ഞാൻ അറിവില്ലാത്ത കുട്ടിയാണെന്നൊക്കെ പറയും പക്ഷേ കവില അവതാരത്തിൽ അച്ഛൻ നമസ്കരിച്ചാൽ അദ്ദേഹം കൈകൂപ്പി അനുഗ്രഹിക്കും അങ്ങനെയുള്ള ആളാണ് ഏതേത് വേഷം ഭഗവാൻ കിട്ടണോ ആ വേഷത്തിൽ ഭഗവാൻ നടിക്കും ആചാര്യനായി വേഷം കിട്ടിയാ ആചാര്യനായി നടിക്കണോ അത്രയേ ഉള്ളൂ ശൃംഗേരി മഠത്തിലും കുറച്ചു കാലം മുമ്പ് ഉണ്ടായിരുന്ന ശങ്കരാചാര്യരാണ് ചന്ദ്രശേഖരഭാരതി സ്വാമികൾ ഒരു ജീവൻ ജ്ഞാനിയായ ഒരു അദ്ദേഹം ശൃംഗേരിയിലെ ജനിച്ചു വളർന്ന ആളാണ് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയ്ക്കും പന്ത്രണ്ട് കുട്ടികളും ഉണ്ടായിട്ട് ഒക്കെ മരിച്ചു അവസാനം പതിമൂന്നാമത്തെ പുത്രൻ ഉണ്ടായാൽ ആ പുത്രനെ ശാരദാദേവിക്ക് അർപ്പിക്കാം എന്ന് നേർച്ച എന്നിട്ട് അവിടുന്ന് ഗോകർണ്ണം വരെ നടന്ന് വ്രതാനുഷ്ഠാനങ്ങൾക്കൊക്കെ ശേഷം ജനിച്ച കുട്ടിയാണ് അങ്ങനെ ജനിച്ച കുട്ടിയെ കൃഷ്ണന്റെ കൃഷ്ണാവതാരത്തിൽ വസുദേവർക്കും ദേവകിക്കും ഉള്ള പോലെ തന്നെ ജാതകദോഷം ഇവരുടെ അച്ഛനമ്മമാർക്കും ഉള്ളതുകൊണ്ടാണ് ഈ കുട്ടി ജനിച്ച കുട്ടികളൊക്കെ മരിച്ചറിയണം അപ്പൊ ഈ കുട്ടിയെ ജനിച്ച ഉടനെ വേറെ ഒരിടത്ത് കൊണ്ടുപോയി താമസിക്കണം എന്ന് വിധിച്ചു താമസിപ്പിക്കണം അങ്ങനെ ഈ കുട്ടിയെ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ശ്രീകണ്ഠശാസ്ത്രികളുടെ വീട്ടിൽ വളർത്തി അങ്ങനെയാണ് വളർത്തി അപ്പൊ ഈ ശ്രീകണ്ഠശാസ്ത്രി വളരെ പ്രൗഢനായ ഒരു മനുഷ്യനാണ് നല്ല ഭാവമുണ്ട് പാണ്ഡിത്യവും ഉണ്ട് തനിക്ക് അറിയാമെന്നറിയാം വളരെ ഗൗരവക്കാരനാണ് എല്ലാവർക്കും അദ്ദേഹത്തിന് ഭയമാണ് ഈ കുട്ടിയും ചെറുപ്പം മുതൽ നരസിംഹനാണ് പേര് ശ്രീകണ്ഠശാസ്ത്രികളെ കണ്ട വിറക്കി പേടിച്ച് പതിനേഴാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിന് പീഠാധിപതിയായി അവരോഹണം ചെയ്യാൻ പോകണം അതിൽ പീഠാപതി പട്ടാഭിഷേകം ചെയ്യാൻ തലേ ദിവസം നിശ്ചയിച്ചു നിശ്ചയിച്ചപ്പോ ഈ ശ്രീകണ്ഠശാസ്ത്രികളും ഒക്കെ ഉണ്ട് ആ മീറ്റിങ്ങില് അപ്പൊ ശ്രീകണ്ഠശാസ്ത്രിയെ കണ്ടപ്പോ ഇദ്ദേഹം ഇരിക്കാൻ പേടിക്കുകയാണോ അടുത്ത ദിവസം പീഠാധിപതിയായിട്ട് ഇരുത്താൻ പോവാണ് പക്ഷെ ഇന്നത്തെ ദിവസം ശ്രീകണ്ഠശാസ്ത്രിയെ കാണുമ്പോൾ പേടിക്കുകയാണ് എല്ലാവർക്കും ഒരു ഔത്സുഖ്യം ഉണ്ടായിരുന്നു അടുത്ത ദിവസം ഈ പീഠാധിപതിയായിട്ട് സിംഹ ആ വ്യാഖ്യാന സിംഹാസനത്തിൽ ഇരുത്തിയാൽ ആദ്യമായിട്ട് വന്ന് നമസ്കരിക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്ററാണ് അപ്പൊ അച്ഛന്റെ സ്ഥാനമാണ് ഗംഭീര മനുഷ്യനാണ് അദ്ദേഹം വന്ന് നമസ്കരിച്ചാൽ ഇദ്ദേഹം എങ്ങനെ സ്വീകരിക്കും കണ്ടാ പേടിക്കണ ആള് അപ്പൊ അടുത്ത ദിവസം ആ പട്ടാഭിഷേക കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ആ വ്യാഖ്യാന സിംഹാസനത്തിൽ ഇരുത്തി ശ്രീകണ്ഠ ശാസ്ത്രികൾ വന്ന് നമസ്കരിച്ചു നമസ്കരിച്ചപ്പോ ഉടനെ കൈ തനിയുയർന്നു ആശീർവദിക്കാനായിട്ട് ആ സ്ഥാനത്തിൽ ഇരുന്നതോടുകൂടെ ആ ഭാവം അങ്ങോട്ട് സ്വീകരിച്ചു അപ്പൊ അച്ഛനാണെന്നോ തന്നെ വളർത്തിയ ആളാണെന്നോ താൻ ഭയ ആ ഭയം അന്നത്തോടെ കഴിഞ്ഞു അവിടെ എപ്പൊ ഇരുന്നു അന്നത്തോടെ ആ ഭയമോ ആ ഭാവമോ ഒക്കെ പോയി ഇവിടെ കപിലാവതാരത്തിൽ ഭഗവാൻ കപിലനായി നടിക്കുമ്പോ കപിലൻ കൃഷ്ണനായി നടിക്കുമ്പോ കൃഷ്ണൻ രാമനായി നടിച്ചാൽ രാമൻ ഈ കപിലാവതാരത്തിൽ അച്ഛൻ വന്ന് നമസ്കരിക്കുമ്പോ ഭഗവാൻ പറയണത് എന്നെ ഹൃദയത്തിൽ വെച്ച് ധ്യാനിച്ചുകൊണ്ട് സഞ്ചരിക്കാം ഇഷ്ടം പോലെ സഞ്ചരിക്കുക ഞാൻ അങ്ങയുടെ ഉള്ളിൽ ആത്മാവായിട്ടുണ്ട് ആത്മാവായിട്ടുള്ള എന്നെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് ഗച്ഛകാമം മയാപൃഷ്ടോ മൈ സന്യസ്ഥ കർമ്മണ സുദുർജയം മൃത്യും അമൃതത്വ ഭജ ഇനി അങ്ങയ്ക്ക് മരണമില്ല ആത്മാവിനെ കണ്ടെത്തിയാൽ എന്തു മരണം ആർക്കു മരണം ഇനി അങ്ങയ്ക്ക് മരണമല്ല ജനന മരണങ്ങളെയൊക്കെ കടന്ന് സദാ ആത്മധ്യാനപരനായി കാണുന്നതൊക്കെ ആത്മസ്വരൂപമായി കണ്ടുകൊണ്ട് സഞ്ചരിക്കൂ എന്ന് കർദമ പ്രജാപതിക്ക് ഉപദേശം കൊടുത്തു കർദമ പ്രജാപതി അതോടുകൂടി അഗ്നികാര്യങ്ങളൊക്കെ നിർത്തിവെച്ച് മൗനവ്രതം സ്വീകരിച്ചു ഈ മൗനവ്രതം കർദമ സ്വീകരിച്ചു എന്ന് പറയുമ്പോഴൊക്കെ എനിക്ക് തോന്നണം ബ്രാഹ്മണൻ വേദാധ്യയനവും പഠിപ്പിക്കലും ഒക്കെ ഉണ്ടായിരുന്നുണ്ടാവേ സ്വാധ്യായ പ്രവചനം രണ്ടും ഉണ്ടായിട്ടുണ്ടാവും ഈ പ്രവചനം ചെയ്യുന്നവരും പ്രഭാഷണം ചെയ്യുന്നവരും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് മൗനവ്രതം എന്നിട്ട് അവസാനമാകുമ്പോ ഒരു ദിവസം ഒരേ അടിക്ക് ഇങ്ങോട്ട് നിർത്തം അല്ലെങ്കിൽ ആളുകൾ വിളിച്ചുകൊണ്ടേ ഇരിക്കും പോവാതിരിക്കാൻ അതേ വഴിയുള്ളൂ അപ്പൊ അദ്ദേഹം കർദമ പ്രജാപതി അവിടെ ഇങ്ങോട്ട് വായങ്ങ അടച്ചു എന്നാണ് അസ്ഥിത്വമോ മൗനം ആത്മീക ശരണോ മുനി ഭഗവാന് പരിപൂർണമായി ശരണാഗതി ചെയ്തു സർവചരാചരങ്ങളെയും വാസുദേവ സ്വരൂപമായി കണ്ടു വ്രതംസ ആസ്ഥിത്തോ മൗനം ആത്മീകശരണോ മുനിസംഗോണി അനഗ്നി അനികേതന തനിക്ക് പ്രത്യേകിച്ചൊരു വീടില്ല അഗ്നി കർമ്മങ്ങളൊന്നുമില്ല അങ്ങനെ നിസ്സംഗനായി അവധൂതനായി ജീവൻമുക്തനായി സഞ്ചരിച്ചു എങ്ങനെയാ അവസ്ഥ ഇത്രകാലം കർമ്മകാണ്ടം ഗൃഹസ്ഥാശ്രമത്തിലൊക്കെ ഇരുന്നു ജാഗ്രതയോടെ ഗൃഹസ്ഥാശ്രമത്തിലിരുന്നു എന്നിട്ട് അവസാനം നോക്കണം ഭാഗവതമേ എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു തരണു എങ്ങനെ ജീവിതം അവസാനിപ്പിക്കണമെന്നും പറഞ്ഞു തരുന്നു പരീക്ഷത്തിന്റെ കഥ തന്നെ അതിനുദാഹരണം ഇവിടെ കർദമ നോക്കുക വയസ്സകാലത്ത് ജീവിക്കുമ്പോഴൊക്കെ ഭംഗിയായിട്ടൊക്കെ ജീവിച്ചു ഭഗവതാരാധനയോടെ ജീവിച്ചു വാർദ്ധക്യദശയിൽ മനോബ്രഹ്മണിയുഞ്ജാന സതസത പരം ഗുണാവഭാസേ വിഗുണ ഏകഭക്ത്യാണുഭാവിത്തെ നിരഹംകൃതി നിർമ്മമശ്ച നിർദ്വന്ദ്വസ് സമദൃക് സ്വദൃക് പ്രത്യക് പ്രശാന്തധീഹി ധീരഹ പ്രശാന്തോർമ്മിഹി ഇവ ഉദതിഹി അലയൊക്കെ ഓഞ്ഞുപോയ സമുദ്രം പോലെ നിശ്ചലമായ മനസ്സോടുകൂടെ ജഗത്തിനെ മുഴുവൻ ബ്രഹ്മസ്വരൂപമായി കണ്ടുകൊണ്ട് ഇനി ആർക്കും നമ്മളുടെ ഉള്ളിൽ കയറാൻ പറ്റില്ലേ ജീവിക്കും വരെ വ്യവഹാരി വ്യവഹരിക്കും വരെ അത്യാവശ്യമൊക്കെ എന്റെ മകൻ എന്റെ കുട്ടികള് പേരക്കുട്ടികള് മകനെ പഠിപ്പിക്കണം കല്യാണം കഴിച്ചു കൊടുക്കണം ഒക്കെ വിചാരിക്കാം പെൺകുട്ടികളെയൊക്കെ വിവാഹം കഴിച്ചു കൊടുത്തു ഒക്കെ ചെയ്തു പ്രഥമ പക്ഷെ ഇനി അവരൊന്നും ഉള്ളിൽ കയറിയിരിക്കരുത് വയസ്സുകാലത്ത് അവര് പേരക്കുട്ടി ഉണ്ടായോ പേരക്കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയോ കല്യാണം കഴിഞ്ഞോ ഒന്നും ചിന്തിക്കാൻ പാടില്ല യമൻ വരുമ്പോ ഈ ചിത്തവൃത്തികളൊന്നും ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ആചാര്യസ്വാമികൾ പറയണത് അല്ലെങ്കിൽ ഈ യമൻ മുമ്പിൽ വന്ന് നിക്കുമ്പോ മനസ്സിങ്ങനെ ലോകത്ത് ഓടിക്കൊണ്ടേ ഇരിക്കുമത്രേ അപ്പൊ യമൻ അങ്ങട് വലിക്കണു പേരക്കുട്ടികളും മക്കളും ഒക്കെ ഇങ്ങട് വലിക്കണു അതാണ് യമപാശം ദൈതാമമ ദുഹിതാമമ ജനനീമമ ജനകോ മമകൽപിത മതിസന്തതി മരുഭൂമിഷുനിരതം മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇതൊന്നും ഉള്ളില് വരാതിരിക്കണമെങ്കിൽ ആദ്യമേ ഭഗവാനെ ധ്യാനിച്ചോ എന്നിട്ട് വ്യവഹരിക്കാൻ വേണ്ടി ലോകകർമ്മങ്ങളൊക്കെ ചെയ്യുന്നു സ്നേഹത്തോടെ ചെയ്യുന്നു ഒന്നും സ്നേഹമില്ലാതെയല്ല സ്നേഹത്തോടെ ചെയ്യണം പക്ഷേ ഭഗവത് ആരാധന പ്രബലമായിട്ടുള്ളതുകൊണ്ട് അവസാന സമയത്ത് വാർദ്ധക്യദശയിൽ യാതൊന്നും ഉള്ളില് ഭഗവാനല്ലാതെ ഒന്നും കടക്കണില്ല മയം വാസുദേവേ ഭഗവതി സർവജ്ഞേ പ്രത്യാത്മനി പരേണ ഭക്തിഭാവന ലബ്ധാത്മാ മുക്തബന്ധന ഭഗവാനോടുള്ള പ്രബലമായ ഭക്തി കൊണ്ട് സദാഭവത്ഭാവം ഉള്ളില് ഭഗവത് അനുഭൂതി ഉള്ളില് അങ്ങനെ ആ അനുഭൂതി ഏറിയേറി ഏറി വന്ന അഹങ്കാരത്തിന്റെ കെട്ടുപൊട്ടി ആത്മാനം സർവഭൂത ഭഗവന്തവസ്ഥിതം സർവചരാചരങ്ങളിലും ഭഗവാൻ ആത്മസ്വരൂപിയായി വസിക്കണത് കണ്ടു ആ ഭഗവാനെ തന്നിലും കണ്ടു സർവചരാചരങ്ങളിലും കണ്ടു രാഗദ്വേഷങ്ങളൊക്കെ ഉള്ളുന്നു പരിപൂർണമായി വിട്ടുപോയി ഇച്ഛാദ്വേഷ വിമുക്തേന് ഇച്ഛാദ്വേഷവിഹീനേന് ഈ രാഗവും ദ്വേഷവും പോയാൽ തന്നെ മനസ്സടങ്ങും മനസ്സിന്റെ ദുഃഖത്തിന് മുഴുവൻ മൂലകാരണം സംസാരത്തിലുള്ള സർവവിഷമങ്ങൾക്കും മൂലകാരണം രാഗവും ദ്വേഷമാണ് ആരോടെങ്കിലും രാഗം രാഗമുണ്ടെങ്കിൽ തന്നെ ദ്വേഷവും ഉണ്ടാവും ആരോടെങ്കിലും വെറുപ്പ് ഏതെങ്കിലും വസ്തുവിനോട് രാഗം ഏതെങ്കിലും വസ്തുവിനോട് വെറുപ്പ് ഏതെങ്കിലും വ്യക്തികളോട് രാഗം ഏതെങ്കിലും വ്യക്തികളോട് വെറുപ്പ് ഇത് രണ്ടെണ്ണം കൊണ്ടാണ് മനസ്സ് അലയ്യുക അല്ലെങ്കിൽ അലയേല ഇപ്പൊ ഞാൻ നിങ്ങളോടൊക്കെ ഈ സത്സംഗത്തിലിരുന്ന് ഇങ്ങനെ പറയണോ ഇത് കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ നിങ്ങളോട് പ്രത്യേകിച്ച് എനിക്ക് യാതൊരു രാഗവും ദ്വേഷവും ഇല്ലെങ്കിൽ നിങ്ങളാരും എന്റെ മനസ്സിൽ വരില്ല നേരെ മറിച്ച് ഇവിടെ ആരെയോ ഒരാളോട് എനിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയാലും അവർ അയാളുടെ രൂപം മനസ്സിൽ പൊന്തി പൊന്തി വന്നുകൊണ്ടേയിരിക്കും തോന്നിക്കൊണ്ടേയിരിക്കും രാത്രി ഉറക്കത്തിലും വരും സ്വപ്നത്തിലും വരും അതേപോലെ വെറുപ്പുണ്ടായാലും മതി ആരോടെങ്കിലും ഒരാളോട് വെറുപ്പുണ്ടെങ്കിൽ എന്തെങ്കിലും വികാരമുണ്ടെങ്കിൽ അയാളും നമ്മളുടെ മനസ്സിൽ തോന്നിക്കൊണ്ടേയിരിക്കും അപ്പൊ ഈ രണ്ടെണ്ണം ഇതില്ലെങ്കിൽ എത്ര വ്യവഹരിച്ചാലും മനസ്സ് ബാധിക്കപ്പെടില്ല അതാണ് രാഗദ്വേഷ വിയുക്തൈസ്തു വിഷയാൻ ഇന്ദ്രിയൈ ചരന് എന്ന് തന്നെ ഭഗവാൻ പറഞ്ഞു രാഗവും ദ്വേഷവും ഇല്ലാത്ത വിഷയങ്ങളെയൊക്കെ അനുഭവിച്ചാൽ പോലും പ്രസാദമധികച്ചതി എന്നാണ് മനസ്സ് തെളിഞ്ഞു തെളിഞ്ഞു തെളിഞ്ഞു വരും രാഗദ്വേഷം വെച്ചുകൊണ്ട് ഇനിയിപ്പോ ഇന്ദ്രിയങ്ങളെയൊന്നും അനുഭവിക്കാതെ ഉപേക്ഷിച്ചാൽ പോലും മനസ്സിൽ ഇന്ദ്രിയങ്ങളൊക്കെ വിഷയങ്ങളൊക്കെ കയറിയിരിക്കും രാഗദ്വേഷം ഉള്ളിലുണ്ട് വിഷയങ്ങളൊന്നും അനുഭവിക്കുന്നില്ല കാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ പോയി ഗുഹയിൽ പോയി ഇരുന്നാലും നമുക്ക് വിഷയങ്ങളോടുള്ള ആസക്തി കാരണം അല്ലെങ്കിൽ ആരോടെങ്കിലുള്ള വെറുപ്പ് കാരണം അവരെക്കുള്ളിൽ വന്നുകൊണ്ടേയിരിക്കും ഇനി ആ രാഗദ്വേഷം ഇല്ലെങ്കിൽ വിഷയങ്ങളെയൊക്കെ അനുഭവിക്കാൻ അതായത് അനുഭവിക്കാന്ന് വെച്ചാൽ ചാടിക്കേറി അനുഭവിക്കുകയല്ല പ്രാരബ്ധം അനുസരിച്ച് എന്തെന്ത് വരുണോ അതിനോടൊന്നും വെറുപ്പുമില്ല സുഖമാവട്ടെ ദുഃഖമാവട്ടെ സുഖം മാത്രമല്ല സുഖമാവട്ടെ ദുഃഖമാവട്ടെ മുൻപില് വന്നാൽ അത് അനുഭവിച്ചു കൊണ്ടുപോയാൽ സർവത്ര സമചേതസ പിന്നെ എന്തൊക്കെ അനുഭവം വന്നാൽ സമത്വം തെറ്റേയില്ല സമദർശിത്വം തെറ്റേയില്ല ശാന്തി ചലിക്കുകയേ ഇല്ല ശാന്തി ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതോടൊപ്പം ഭഗവത് ഭക്തിയുക്തേന് പരമാത്മാവിനോടുള്ള അനിർവചനീയമായ പ്രേമം പ്രബലമായ ഭക്തി ആ ഭക്തി കൊണ്ട് പ്രാപ്ത ഭാഗവതീ ഗതിഹിയും ഭഗവാനെ പ്രാപിച്ചു കർത്തവ പ്രജാപതിക്ക് പരിപൂർണമായ ഭഗവത് പ്രാപ്തി ഉണ്ടായി ഈ സമയം ഭർത്താവ് പോയി അപ്പോഴാണ് ദേവഹൂതിക്ക് ഇത്രകാലം തന്റെ ആരാധനാമൂർത്തി ഭർത്താവായിരുന്നു നല്ല നല്ല സ്ത്രീയാണ് പതിവ്രതയാണ് പതിയോട് ഭക്തി ഇത്രകാലം പതിയെ ആരാധനാമൂർത്തിയായി ആരാധിച്ചു ഇപ്പൊ ആരാധനാമൂർത്തിയായ പതി അവിടുന്ന് അങ്ങോട്ട് ദേവഭൂതി ആലോചിച്ചു ഇനി എന്താണ് നീ ഞാൻ എന്ത് ചെയ്യണം ഇനി എന്തിന് ജീവിക്കണം ഈ ജീവിതത്തിന്റെ പ്രയോജനം എന്താ ഇത്രകാലം അനുഭവിച്ച സുഖങ്ങളൊക്കെ തന്നെ ഇതാ ഇതോടുകൂടെ പോയി ആ സുഖങ്ങളൊക്കെ വെറു ഒരു സ്വപ്നം പോലെ താൻ അനുഭവിച്ച സുഖവസ്തുക്കളൊക്കെ തന്നെ വെറും സ്വപ്നം പോലെ മുമ്പിലൂടെ വന്നിട്ട് മറഞ്ഞു തലേ ദിവസം കണ്ട സ്വപ്നം പോലെ അല്ലേ ആലോചിച്ചു നോക്കുക നമ്മൾ കഴിഞ്ഞ കാലത്ത് അനുഭവിച്ച വസ്തുക്കൾക്കും ഇന്നലെ രാത്രി കണ്ട സ്വപ്നത്തിനും എന്ത് വ്യത്യാസം എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അനുഭവിച്ചു നമ്മൾ പറയാം അതും അനുഭവിച്ചു ഇന്നലെ രാത്രി സ്വപ്നത്തിൽ അതും അനുഭവിച്ചു രണ്ടും ഒരേപോലെ സ്മൃതിയിലുണ്ട് എന്നല്ലാതെ ഇപ്പൊ രണ്ടും അനുഭവത്തിൽ പ്രത്യക്ഷത്തിലില്ല രണ്ടു ഒരേപോലെ ഇപ്പൊ സ്മൃതിയിലും മാത്രമുണ്ട് അതേപോലെ സർവസ്വവും വിട്ടുപോയപ്പോ അമ്മ ആ ദേവഹൂതി ആലോചിച്ചു ഇനി എന്ത് ചെയ്യാം അനിത്യം അസുഖം ലോകം അപ്പിനി എന്ത് വേണം പ്രാപ്യ ഭജസ്വമാം ഇനി എന്നെ ഭജിക്കാം അപ്പൊ ഭജിക്കാൻ ആരെങ്കിലും ഒക്കെ വഴി കാണിച്ചു തരണമല്ലോ ആരെങ്കിലും ഒരു ഗുരു വേണമല്ലോ വഴി കാണിച്ചു തരാൻ ആരാണ് നോക്കിയപ്പോ അത് മകൻ തന്നെ അവിടെ ഇരിക്കണം കപിലൻ തന്റെ പുത്രൻ താൻ വളർത്തിയ പുത്രൻ പരിപൂർണ വസ്തുവായിട്ട് കർതമ പ്രജാപതിയുടെ ഒരാശ്രമമുണ്ട് ആ ആശ്രമത്തിന്റെ ഉള്ളില് ഒരു ആലുമരത്തിന്റെ ചുവട്ടല് ഒരു തിട്ടിലങ്ങനെ ഇരിക്കുന്നുണ്ട് പുത്രൻ അദ്ദേഹത്തിന് അച്ഛനോ അമ്മയോ ഒക്കെ സമം എല്ലാരോടും സദാ സമയം അങ്ങനെ നിശ്ചിന്തനായി പ്രശാന്തചിത്തനായി അങ്ങനെ ശാന്തിയായി കണ്ണു തുറന്നിരിക്കും ഒന്നും കാണില്ല അങ്ങനെയിരിക്കും തദ്വിഷ്ണോഹോ പരമം പദം സദാ പശ്യന്തി സൂരയഹ ദിവീവചക്ഷുരാതം ആകാശത്തിൽ നോക്കണ പോലെ ദൃഷ്ടി പക്ഷെ ദൃഷ്ടി എപ്പോഴും എവിടെ വിഷ്ണോഹോ പരമം പദം സദാ പശ്യന്തി ഉള്ളിലെവിടെയോ ആ പരമാത്മപദം കണ്ടുകൊണ്ടിരിക്കണ കപില ഭഗവാന്റെ മുമ്പിൽ ചെന്ന് അമ്മ നോക്കി ഇത്ര കാലം പുത്രന്റെ നിലയൊന്നും അത്ര കണ്ടു മനസ്സിലായില്ല തോന്നും പക്ഷെ ഇപ്പൊ അമ്മയ്ക്ക് നല്ല വണ്ണം പിടികിട്ടി തന്റെ മുമ്പിൽ ഇതാ ഒരു സൂര്യൻ ജ്വലിച്ചിരിക്കുന്നു തമാസീനം കർമാണം തത്വമാർഗാഗ്രകോവിധം ദർശനം ഭർത്താവ് കർതവ പ്രജാപതി തലേ ദിവസമുള്ളവരെ മൂന്ന് നേരം സന്ധ്യാന്തരം അഗ്നിഹോത്രം ഔപാസനം ബ്രഹ്മയജ്ഞം വൈശ്വദേവം മുതലായിട്ടുള്ള കർമ്മങ്ങളും ഒക്കെ അനുഷ്ഠിച്ചുകൊണ്ട് സദാ കർമ്മനിരത്തനായിരുന്നു ഭർത്താവ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നല്ല തപസ് കുറച്ചു നേരം കിട്ടി അപജപിച്ചുകൊണ്ടിരിക്കും അങ്ങനെയെങ്കിലും ചെയ്യും പക്ഷേ ഇത് ആ ഒരു മകനുണ്ട് അദ്ദേഹം എങ്ങനെയാന്ന് വെച്ചാൽ അകർമാണം ഒന്നും ചെയ്യണില്ല നിശ്ചിന്തനായിട്ട് തമിഴിൽ ഒരു ചൊല്ലുണ്ട് ശിവനേന ഇരുന്നു അതിന് രണ്ടർത്ഥമാണ് ശിവനേനെ ഇരിക്കുക വെച്ചാൽ ശിവനെ പോലെ ഇരിക്കുക എന്നർത്ഥം അനങ്ങാതിരിക്കുക ശുമ്മാതിരിക്കുക അങ്ങനെ ഇരിക്കണം ഒരു പുത്രൻ അപ്പോ ആ സീനം അകർമാണം അദ്ദേഹം എങ്ങനെയുള്ള ആളാ തത്വമാർഗ അഗ്രദർശനം തത്വമാർഗത്തിന്റെ അഗ്രം കണ്ടെത്തിയ ആള് തത്വജ്ഞാനത്തിന്റെ അഗ്രം കണ്ടെത്തിയ ആള് സ്വസുതം എന്നാൽ സൗലഭ്യമായിട്ട് കിട്ടണമല്ലോ അടുത്ത് കിട്ടിയിട്ടുണ്ടോന്ന് തന്റെ പുത്രൻ താൻ പെറ്റ് വളർത്തിയ പുത്രൻ സ്വസുതം ദേവഹൂത്യാഹാതു സംസ്മരതീവചന്റെ തന്നെ വാക്കുകളെ സ്മരിച്ചുകൊണ്ട് ഭർത്താവിന്റെ വാക്കുകളെ സ്മരിച്ചുകൊണ്ട് ബ്രഹ്മാവിന്റെ വാക്കുകളെ സ്മരിച്ചുകൊണ്ട് ദേവഹൂതി ചെന്ന് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു നിർവിണ്ണാനിതറാം ഭൂമന് അസതിന്ദ്രിയ ദർശനാതീയേന സംഭാവ്യവാനേന പ്രപന്ന അന്ധം തമപ്രഭോ ഹേ പ്രഭോ നോക്കണം മകൻ എന്നുള്ള വിചാരം അമ്മയ്ക്കുമില്ല സുത എന്ന് വിളിച്ചില്ല അമ്മ ഒരു പുത്രനോട് ചെന്ന് പറയാണ് പ്രഭോ പ്രഭു എന്ന് വെച്ചാൽ ആരാണ് വാരിക്കോരി കൊടുക്കണവനാണ് പ്രഭു അല്ലെ പണം മാത്രം ഉണ്ടായാൽ പോരാ വാരിക്കോരി കൊടുക്കണവൻ ഈ തമിഴില് ചില സാധുക്കളെയൊക്കെ ചില ഭക്തന്മാരെയൊക്കെ വള്ളൽ എന്ന് പറയും രാമലിംഗസ്വാമികൾക്ക് വള്ളലാർ എന്ന് തന്നെയാണ് പേര് വെച്ചിരിക്കുന്നത് ഈ വള്ളൽ വള്ളലാർ എന്നുള്ള പേരിനൊക്കെ അർത്ഥം വാരിക്കോരി കൊടുക്കണ ആളാണെന്നാണ് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ലാതെ വാരിക്കോരി കൊടുക്കുക എന്തിനെ അവർ കൊടുത്തു എന്ന് വെച്ചാൽ ഭക്തിയെ വാരിക്കോരി കൊടുത്തു ഭഗവൻ നാമത്തിനെ വാരിക്കോരി കൊടുത്തു അപ്പൊ അങ്ങനെ വാരിക്കോരി കൊടുക്കണവനാണ് പ്രഭു അങ്ങനെ കൊടുക്കണ പ്രഭുവാണ് ഭഗവാൻ രണ്ടുപേരൊക്കെ പ്രഭു എന്ന് പറയാൻ പാടും വെറുതെ രാജ്യം ഭരിക്കണവനൊന്നും പ്രഭു ഒന്നും വിളിക്കാർത്ഥം അത് വെള്ളക്കാർക്ക് കൊള്ളണ ഏർപ്പാടാണ് നമുക്ക് വേണ്ട രണ്ടേ രണ്ടുപേർക്ക് പ്രഭു ഒന്ന് ഭഗവാൻ പ്രഭു ഒന്ന് ഭഗവാന്റെ പാർശ്വതന്മാരായി അത്ര കണ്ട് ഉയർന്ന് സംസർഗം കൊണ്ട് ഭഗവാനെ കൊടുക്കാൻ കഴിയുന്നവരായ സാധുക്കൾ പ്രഭു അപ്പൊ അങ്ങനെയുള്ള കല്ല ഭഗവാൻ ഇവിടെ സാധുവുമാണ് ഭഗവാനുമാണ് ജ്ഞാനിയുമാണ് ഭഗവാനുമാണ് മുക്തനുമാണ് ഭഗവാനുമാണ് ഗുരുവുമാണ് ഭഗവാനുമാണ് അങ്ങനെയുള്ള കപില ഭഗവാന്റെ മുമ്പിൽ ചെന്ന് കൈകൂപ്പിക്കൊണ്ട് ദേവഹൂതി പറഞ്ഞു ഭഗവാനെ ഹേ പ്രഭോ നിർവിണ്ണാ നിതരാ ഭൂമന് ലോകസുഖങ്ങളൊക്കെ അനുഭവിച്ച് എനിക്കിതാ മതിയായിരിക്കണം നിർവേദം എന്നാണ് വാക്ക് ഇത് വരണോ അത്രേ എപ്പോഴെങ്കിലും ഒരു ദിവസം മതി എന്ന് തോന്നണം ഭാഗവതത്തിൽ അങ്ങനെ ഒരാൾ മതി മതി മതി മതി മതി എന്ന് പറഞ്ഞു ഭഗവാൻ ആര് മതി എന്ന് പറഞ്ഞു അപ്പൊ ഭഗവാൻ മുക്തി കൊടുക്കും നമ്മൾ ഇനി കാണാൻ പോണേ ഉള്ളൂ അത് അപ്പൊ ഇപ്പൊ തന്നെ ഓർമ്മ വരുമ്പോൾ പറയാം ആർക്ക് മതി എന്ന് പറയാനറിഞ്ഞാൽ അയാൾ എത്ര മഹാദുഷ്ടനായിരിക്കട്ടെ മുക്തി കൊടുക്കും അല്ലെങ്കിൽ കുട്ടി കളിച്ചോണ്ടിരിക്കുമ്പോഴേ അമ്മ വിളിച്ചാലും പോവില്ല അല്ലേ പോരാ പോരാ എന്ന് പറയണം കുട്ടി ഞാൻ ഇനിയും കളിക്കട്ടെ കുട്ടി തന്നെ മതി എന്ന് പറഞ്ഞാൽ അമ്മ വിളിച്ചോണ്ട് പോകും അതുപോലെ നമ്മൾ മതി എന്ന് പറയാത്തത് നമുക്ക് ഭഗവാനെ കിട്ടാത്തത് നമുക്ക് ഇനിയും ലോകത്തിന് പലതും വേണം അതുകൊണ്ട് ഭഗവാൻ വന്നാൽ പോലും ഇപ്പൊ വേണ്ടാന്ന് പറയും പക്ഷെ അഭിചേസു ദുരാചാര എത്ര പരമദുഷ്ടനാണെങ്കിലും മതി എന്ന് പറഞ്ഞാൽ ഭഗവാൻ അപ്പൊ എടുത്തുകൊണ്ടുപോകും ആരെയും എടുത്തുകൊണ്ടുപോയതറിയോ പൂതന ഭാഗവതത്തിൽ പൂതന മതി എന്ന് പറഞ്ഞു മസാ മുഞ്ച മുഞ്ച അലം അലം അലം ഇതി പ്രഭാഷിണി പൂതന പറഞ്ഞു അലം അലം അലം എന്ന് ഭഗവാനെ അലം അലം അലം മതി മതി അത് എന്തർത്ഥത്തില് പറഞ്ഞോ ഭഗവാൻ ഒരേ അർത്ഥമേ എടുത്തുള്ളൂ അലം മുഞ്ച അലം മുഞ്ച അലം രണ്ടു വാക്ക് പറഞ്ഞു അവൾ മുഞ്ചാന്ന് വെച്ചാ മുക്തി ഭഗവാനെ അഴിച്ചുവിടുന്ന് പറഞ്ഞു ഈ ബന്ധത്തിനെയൊക്കെ ഇത് മതി ഈ ലോക ജീവിതം അപ്പൊ ആര് പറയണോ അഭിജേത്സു ദുരാചാര പരമദുഷ്ടനായിരിക്കട്ടെ മുക്തി ഇവിടെ ദേവഭൂതി എത്ര വലിയവൾ അല്ലെ പരീക്ഷ്യ ലോകാൻ കർമ്മജിതാൻ ബ്രാഹ്മണോ നിർവേദമായ അകൃതകൃതേന തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ചേത് സമിവാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം ലോകത്തിൽ കർമ്മം കൊണ്ട് നേടുന്ന അനുഭവങ്ങളെ മുഴുവൻ പരീക്ഷിച്ചു നോക്കിയിട്ട് അവസാനം വൈരാഗ്യം വരണം ഈ കർമ്മം കൊണ്ട് ഒരിക്കലും ശാശ്വതമായ സുഖമില്ല ലൗകികമായ കർമ്മങ്ങളൊക്കെ പരീക്ഷിച്ചു അതൊക്കെ ശാശ്വതസുഖം തരുന്നില്ല പിന്നെ വൈദിക കർമ്മങ്ങളൊക്കെ പരീക്ഷിച്ചു അതും ശാശ്വത സുഖം തരുന്നില്ല പിന്നെ തന്ത്രം യോഗം മുതലായിട്ടുള്ളതിൽ പറയുന്ന സാധനങ്ങളൊക്കെ പരീക്ഷിച്ചു അതുകൊണ്ട് ഏർപ്പെടുന്ന അനുഭവങ്ങളും വന്നിട്ട് പോണു ഒക്കെ വരണു ഏർപ്പെടുന്നു പോകണു അപ്പൊ ശാശ്വതമായ സുഖം എങ്ങനെ അപ്പോ ഗുരുവിനോട് പോയി ചോദിക്കണം എന്നാണ് ഗുരുവിനോട് പോയി ചോദിക്കണം ഭഗവാനെ കർമ്മം കൊണ്ട് ശാശ്വതമായ വസ്തു കിട്ടണില്ലല്ലോ കർമ്മം എത്ര കണ്ട് ചെയ്തു അത്ര കണ്ട് എഫക്ട് കർമ്മത്തിന്റെ എഫക്ട് കഴിഞ്ഞാൽ അത് പോകണം അപ്പോ യോഗ സാധനകൾ പോലും കുറെ നേരം മെനക്കെട്ട് പിടിച്ചൊരു ധ്യാനമൊക്കെ ചെയ്താൽ ശാന്തി ഉണ്ട് അത് കഴിഞ്ഞ് ധ്യാനം കലഞ്ഞു പോയാലോ ഈ ശാന്തിയും പോകുന്നു വീണ്ടും ദുഃഖം വരണു രാഗദ്വേഷങ്ങൾ വരണു അപ്പൊ എവിടെ ശാശ്വതമായ ശാന്തി എവിടെ എന്ന് ചോദിച്ചാൽ ഗുരു പറയും കുഞ്ഞ് ഈ കർമ്മം എന്ന് പറയുന്നത് തന്നെ എന്താണ് കൃത്രിമം അതുകൊണ്ട് കിട്ടുന്ന സുഖവും കൃത്രിമമായിരിക്കും എത് ഏത് വരുന്നുവോ അതൊക്കെ പോകും ഏത് വരാതെ ഇരിക്കണോ അത് പോകാതെ ഇരിക്കും ഈ വരണതിനൊക്കെ പോക്കണ്ട് ഏത് പോക്കും വരവും ഇല്ലാത്ത വസ്തുവുമുണ്ടോ അത് ഇപ്പോഴേ ഉണ്ട് ഏത് ഇപ്പ ഉണ്ടോ അതേ എപ്പോഴും ഉള്ളൂ ഇപ്പൊ ഇല്ലാത്തത് പുതിയതായിട്ട് വന്നാൽ അത് പോകും അപ്പൊ ഇപ്പോഴേ ഉള്ളതെന്താണ് അതിനെ കണ്ടെത്തണം ഈ വരണതൊക്കെ എത്ര ഉയർന്ന ദർശനമാണെങ്കിലും എത്ര ഉയർന്ന തലമാണെങ്കിലും ഈ ആത്യന്തികമായ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് തലമേ അല്ല അവസ്ഥയേ അല്ല അവസ്ഥകളൊക്കെ വന്നിട്ട് പോകും സാക്ഷാത്കാരം എന്ന് പറയുന്നത് ഒരു അവസ്ഥയല്ല ആ അവസ്ഥയൊക്കെ എന്ത് സമാധിയവസ്ഥയാണെങ്കിൽ പോലും വന്നിട്ട് പോകും അവസ്ഥകളൊന്നും ശാശ്വതമല്ല അവസ്ഥകളൊക്കെ വന്നിട്ട് പോണതാണ് ആത്മാ എന്നുള്ളത് എല്ലാവസ്ഥയ്ക്കും സാക്ഷി ഇപ്പോഴേ കൊണ്ട് നമ്മളുടെ ഒക്കെ ഉള്ളില് ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്ന് സ്ഫുരിച്ചുകൊണ്ട് ബോധസ്ഫൂർത്തിയായിട്ട് നമ്മളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് അതാണ് പ്രഹ്ലാദം പറഞ്ഞത് ലബ്ധവസ്തു എന്ന് പറഞ്ഞു സിദ്ധത്വാദീഹ സർവത എന്ന് പറഞ്ഞു സദാസിദ്ധമായ വസ്തു പിന്നെ എന്താ നോക്ക കിട്ടാത്തത് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ അതിലേക്ക് നോക്കുന്നില്ല കിട്ടിയിരിക്കണു കിട്ടാനൊന്നുമില്ല കിട്ടിയിരിക്കണു ലഭിച്ചിരിക്കണു ബൃഹത് ഉപലബ്ധം എന്നാണ് ശ്രുതിഗീത പറയുന്നത് ആ ബ്രഹ്മവസ്തു ബൃഹത്തായിട്ടുള്ള സർവേശ്വരൻ ഉപലബ്ധം കയ്യിൽ കിട്ടിയിരിക്കുന്നു അത് കിട്ടിയിരിക്കും എന്താ നോക്കാത്തത് അതാ കയ്യിലുള്ള പഴം എന്നാണല്ലോ പറയാം ഹസ്താമലകം ഭഗവാൻ അവിടെ മഹർഷി പറഞ്ഞു ഹസ്താമലകമാണ് ഭഗവാൻ വാസ്തവം പക്ഷേ കയ്യിൽ കനി പുണ്മെയ് രസം കൊണ്ട് വകൈവറി കൊള്ളവറുൾ അരുണാചല ഹേ അരുണാചല അങ്ങ് കയ്യിലുള്ള കനി പോലെ പഴം പോലെ ഉണ്ട് എന്നുള്ളത് വാസ്തവം പക്ഷേ അതിനെ അനുഭവിച്ച് ലഹരി പിടിക്കണം ആ ലഹരി എങ്ങനെ പിടിക്കും എന്ന് വെച്ചാൽ വസ്തു ഇതാണോന്ന് അറിയണം ഇവിടെ ഉണ്ട് എന്ന് അറിയണം അതെങ്ങനെ അറിയും അതിനാണ് ഗുരു അപ്പൊ ജ്ഞാനം എന്നുള്ളത് ഗുരുവിന്റെ വാക്കിന്റെ ശ്രവണ മാത്രത്തിൽ ഉണ്ടാവും ആയിരം സാധന ചെയ്താലും ഉണ്ടാവാത്ത ജ്ഞാനം സാധനകളൊക്കെ ഒരു പക്ഷെ നമ്മൾ ഗുരുവിന്റെ അടുത്തുകൊണ്ടെത്തിക്കും സാധനകളൊക്കെ ശരിയായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ സദ്ഗുരുവിന്റെ സന്നിധിയിൽ കൊണ്ടുചെന്ന് എത്തിക്കും ദേവഭൂതിക്ക് പതിഭക്തി പതിയോടുള്ള ഭക്തി നിഷ്കാമ്യമായ പതിസേവ പാതിവൃത്യം പതിയോടുള്ള ഭക്തി ദേവഹൂതിയെ എന്ത് ചെയ്തു പക്വപ്പെടുത്തി ഗുരുവിന്റെ അടുത്ത് എത്തിച്ചു ഇല്ലേ ഈ ഗുരു ജന്മം മുതൽ കൂടെയുണ്ട് ഈ പുത്രൻ ജനിച്ചത് കൊണ്ട് ഇപ്പൊ എത്രയോ എത്ര വയസ്സായി എന്നറിയില്ല അത് പറഞ്ഞിട്ടില്ല പക്ഷെ ഇത്രയും വർഷം കൂടെയുണ്ട് പക്ഷെ ഇത്രയും വർഷം ദേവഹൂതിക്ക് പോയിട്ട് നിർവിണ്ണ നിതരാം ഭൂമൻ എന്ന് പറയാൻ കഴിഞ്ഞില്ല എന്താന്ന് വെച്ചാൽ ചിത്തശുദ്ധി ഉണ്ടാവാനായിട്ടുള്ള ഈ സാധനകളൊക്കെ അവിടെ ചെയ്യേണ്ടി വന്നു അത് സാധന എന്ന് വിചാരിച്ചു ചെയ്തതല്ല വിചാരിച്ച ശുദ്ധിയാവില്ല വിചാരിച്ചു ചെയ്താൽ ശുദ്ധിയാവില്ല അപ്പൊ ഏതോ ചിത്തശുദ്ധിക്ക് വേണ്ടി ചെയ്യണമെന്ന് വെച്ചാൽ തന്നെ ഫലയിച്ച വന്നു പോയതിലും അപ്പൊ അങ്ങനെ ഒരു ഫലയിച്ച പോലും ആ ചെയ്തതെന്തായി ഗുരുവിന്റെ മുമ്പിൽ കൊണ്ടു നിർത്തി ചോദിപ്പിച്ചു ചോദിപ്പിച്ചു ഭഗവാനെ എനിക്ക് ഉപദേശിക്കൂ എന്ന് ചോദിപ്പിച്ചു ആ ചോദിപ്പിക്കുമ്പോഴാണ് പ്രോവാച അപ്പോ ഗുരു പറയാ പറഞ്ഞു പറയുന്നു ഇങ്ങനെ പറയുന്നു എന്താ പറയണത് കുഞ്ഞേ വസ്തു എപ്പോഴും ഉണ്ട് സ്വരൂപം എപ്പോഴും ഉണ്ട് ഒരിക്കലും നഷ്ടപ്പെടേണ്ടില്ല വന്നിട്ട് പോണതൊക്കെ പ്രകൃതി എല്ലാം പ്രകൃതി സ്ഥൂല ശരീരത്തിന്റെ കർമ്മങ്ങൾ കർമ്മം എന്ന് പറയുന്നത് സ്ഥൂല ശരീരത്തിന്റെ അത് വന്നിട്ട് പോകണു അതും പ്രകൃതി ദർശനങ്ങളൊക്കെ മനസ്സിന്റെ അതും വന്നിട്ട് പോകണു അതും പ്രകൃതി സമാധി എന്ന് പറയുന്നത് കാരണശരീരത്തിന്റെ അതും വന്നിട്ട് പോകണു അതും പ്രകൃതി അപ്പൊ സ്ഥൂലവും സൂക്ഷ്മവും കാരണവും ശാശ്വതമല്ല ഇതിനൊക്കെ സാക്ഷിയായിട്ട് എപ്പോഴും ഉള്ളവനാണ് പുരുഷൻ കാരണശരീരവും കാരണശരീരമാണ് നമ്മൾ സുഷുപ്തിയിൽ അനുഭവിക്കുന്നത് സ്വപ്നം പോലും കാണാതെ സുഖമായിട്ട് ഉറങ്ങുമ്പോ കാരണശരീരം സ്വപ്നം കാണുമ്പോ അനേക ദൃശ്യങ്ങൾ ഉണ്ടാവുമ്പോ സൂക്ഷ്മ ശരീരം ഇപ്പൊ ഇങ്ങനെ ഉണർന്നിരിക്കുന്ന സമയത്ത് ജാഗ്രത അവസ്ഥ ഇപ്പൊ ഉള്ള അവസ്ഥ സത്സംഗത്തിൽ ചിലപ്പോ എല്ലാരും അങ്ങനെ ആയിരിക്കില്ല ചിലപ്പോ എന്തായാലും ജാഗ്രത അവസ്ഥ സ്ഥൂല ശരീരം ഈ മൂന്ന് ശരീരങ്ങളും പ്രകൃതിയാണ് ഈ മൂന്ന് ശരീരവും പ്രകൃതിയുടെ പിടിയിലാണ് മൂന്നും പ്രകൃതിയിൽ നിന്ന് വിമുക്തമല്ല കാരണശരീരവും സൂക്ഷ്മശരീരവും സ്ഥൂല ശരീരവും പ്രകൃതിയിൽ തദ്ാരം പരംസ്മരയത് ഇത് മൂന്നിനും ദ്രഷ്ടാവായിട്ട് ഒരാളുണ്ട് നാരദ മഹർഷി പ്രഹ്ലാദൻ ഉപദേശിക്കുമ്പോൾ പറഞ്ഞു പ്രഹ്ലാദ അയാൾ അധ്യക്ഷൻ സോ അധ്യക്ഷ എല്ലാരെയും മൂന്നിനെയും കണ്ടുകൊണ്ടിരിക്കണവൻ മൂന്നിനും സാക്ഷിയായിട്ടിരിക്കുന്നവൻ അവൻ പുരുഷൻ പുരുഷൻ ഒഴിച്ച് പുരുഷൻ ഒരിക്കലും ദൃശ്യമല്ല ദൃക്കുമാത്രം ദൃശ്യമായ വസ്തുക്കളൊക്കെ പ്രകൃതി അപ്പൊ ആ പ്രകൃതിയായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന ജഗത്ത് മുഴുവൻ കർത്തൃത്വഭോക്തൃത്വ രൂപം ആചാര്യസ്വാമികൾ ജഗത്ത് എന്നുള്ളതിനെ തന്നെ അങ്ങനെ വ്യാഖ്യാനിച്ചു ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് എന്ന് പറഞ്ഞപ്പോ കർത്തൃത്വ ഭോക്തൃത്വ രാഗദ്വേഷാദിരൂപം ജഗത് ഇത്രയേ ഉള്ളൂ ലോകം എന്ന് വെച്ചാൽ ഈ കല്ല് മണ്ണ് ബിൽഡിംഗ് അതൊക്കെ അവിടെ ഇരുന്നാൽ നമ്മളൊന്നും ബാധിക്കില്ല ആചാര്യസ്വാമികൾ ജഗത്ത് എന്നുള്ള പദത്തിന് ഒരേ അർത്ഥമേ പറഞ്ഞുള്ളൂ ഞാൻ ചെയ്യണമെന്നുള്ള ഭാവം ഞാൻ അനുഭവിക്കണമെന്നുള്ള ഭാവം ഒരു വസ്തുവിനോട് രാഗം ഒരു വസ്തുവിനോട് ദ്വേഷം ഇതാണ് ജഗത്ത് ഇത് മുഴുവൻ പോയാൽ ജഗത്തേ പോയി അപ്പൊ യത്കിഞ്ച ജഗത്യാം ജഗത്ത് എന്നുള്ള വാക്കിന് അർത്ഥം പറഞ്ഞപ്പോ ആചാര്യസ്വാമികൾ പറഞ്ഞു എവിടെ എവിടെ ഈ രാഗദ്വേഷം ഉണ്ടാവുന്നുണ്ടോ എവിടെ എവിടെ കർത്തൃത്വം ഭോക്തൃത്വം തോന്നുന്നുണ്ടോ അതാണ് ജഗത് അവിടെയൊക്കെ ജഗത്തുണ്ട് ഇത് പോയാൽ ജഗത്തില്ല പിന്നെ ഉള്ളത് ഈശ്വരൻ ശാന്തി മാത്രം സുഖം മാത്രം അപ്പോ ഈ പ്രകൃതി പ്രകൃതിയുടെ പിടിയിലാണ് ഈ കർത്തൃത്വം ഭോക്തൃത്വം രാഗം ദ്വേഷം ആ രൂപമായിട്ടുള്ള ഈ പ്രകൃതിയെ ഒരു കാലം എത്തുമ്പോ ഇതിനോടൊക്കെ വൈരാഗ്യം തോന്നും സകലത്തിനോടും വൈരാഗ്യം എന്നുവെച്ചാൽ പ്രവൃത്തിയോട് തന്നെ വൈരാഗ്യം കർമ്മത്തിനോട് വൈരാഗ്യം സമാധിയോട് പോലും വൈരാഗ്യം തോന്നും ഒരു ഘട്ടം കഴിയുമ്പോൾ അതിനോട് പോലും വൈരാഗ്യം എന്ന് വെച്ചാൽ ഇതും ശാശ്വതമായി നിൽക്കണില്ല വന്നിട്ട് വന്നിട്ട് വന്നിട്ട് പോണം അപ്പോഴാണ് ഈ ജീവൻ തന്നെ കൊണ്ട് കഴിയില്ല എന്ന് കാണുമ്പോ സർവേശ്വരൻ സദ്ഗുരുവായി മുമ്പിൽ വന്ന് നിൽക്കും അപ്പൊ ഭഗവാന്റെ മുമ്പിൽ ചെന്ന് കൈകൂപ്പി പറയും തം ത്വാഗതാഹം ശരണം ശരണ്യം സ്വഭത്യ സംസാരതരോ കുഠാരം ജിജ്ഞാസയാഹം പ്രകൃതേ പൂരുഷ്യ നമാമി സദ്ധർമ്മവിദാ വരിഷ്ഠം ഭഗവാനെ ഈ സംസാരം എന്ന് പറയണ വൃക്ഷം ആ വൃക്ഷത്തിന്റെ ചില്ലകളൊക്കെ ജാഗ്രത അവസ്ഥയിൽ ഇരിക്കണു തടി സ്വപ്നാവസ്ഥയിൽ ഇരിക്കണു വേരു സുഷുപ്തിയിലിരിക്കണം അപ്പൊ ഈ വേരിനെ എവിടെ പോയി വെട്ടും എങ്ങനെ വെട്ടും അഹങ്കാരം എന്ന് പറയുന്നത് വെച്ചുകൊണ്ടാണല്ലോ ലോകത്തിലൊക്കെ പ്രവർത്തിക്കുന്നത് ഈ അഹങ്കാരം കഷ്ടിച്ച് സ്വപ്നാവസ്ഥയിൽ പിന്നി നിൽക്കും സുഷുപ്തിയിൽ അഹങ്കാരം പോലും പോകുന്നു അപ്പൊ കർത്തൃത്വമേ പോകുമ്പോ എവിടെ പ്രവൃത്തി ചെയ്യാൻ പറ്റും സാധന ചെയ്യാൻ പറ്റും അപ്പൊ സുഷുപ്തിയിൽ അടങ്ങിക്കിടക്കുന്ന ഈ വേര് കാരണ ശരീരത്തിൽ അടങ്ങിക്കിടക്കണ ഈ വേര് ഇരുളാണേ വാസനാമയമായ ഒരു ആവരണം അതിനാണോ സുഷുപ്തി എന്ന് പറയേണ്ടത് അവിടെ അടങ്ങിക്കിടക്കണ ഈ വേരിനെ ഈ ജീവന് സ്വയമേവ കത്തിരിക്കാൻ പറ്റില്ല ജാഗ്രത വേണമെങ്കിൽ അല്പസ്വല്പം കുറച്ച് ശുദ്ധിയൊക്കെ നേടാം ജാഗ്രതത്തിൽ കുറെ കാലം ശുദ്ധി നേടിയാൽ സ്വപ്നം ശുദ്ധമാവും പക്ഷെ സുഷുപ്തിയിലുള്ള ഈ വാസനാക്ഷയം ഏർപ്പെടണം അതിനെന്ത് ചെയ്യും സദ്ഗുരുവിന്റെ മുമ്പിൽ പരിപൂർണമായിട്ട് ശരണാഗതി ചെയ്യുമ്പോ ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നുള്ള മൂന്ന് സ്വപ്നങ്ങൾ നീങ്ങിക്കിട്ടുന്ന മൂന്ന് സ്വപ്നം ത്രീൻ സ്വപ്നാൻ ധുനുതേ മുനി മൂന്ന് സ്വപ്നങ്ങൾ നീങ്ങിക്കിട്ടണം അതിന് സദ്ഗുരുവിന്റെ കൃപാകടാക്ഷം തന്നെ വേണം അതുവരെ പ്രവൃത്തി അതുവരെ സാധന തീവ്ര സാധന തപസ് അനുഷ്ഠാനം യോഗം വിചാരം ഒക്കെ ചെയ്തോളാം പക്ഷെ അവിടെ എത്തുമ്പോ ഒരു ഘട്ടത്തിലെത്തുമ്പോ സാധ്യമാം ത്വാം പ്രപന്നം അങ്ങേക്ക് ഞാനിതാ ശരണാഗതി ചെയ്യണു അവിടുത്തെ കൃപ കൊണ്ട് എന്നെ പിടിച്ച് കരകയറ്റണം വേറെ ഒരു വഴിയില്ല എന്ന് പറഞ്ഞ് ഗുരുവിന്റെ മുമ്പിൽ വീഴ ഭഗവാന്റെ മുമ്പിൽ വീഴ ഭഗവാൻ തന്നെ ഗുരുരൂപത്തിൽ വരും അങ്ങനെയുള്ള കപില ഭഗവാന്റെ മുമ്പിൽ ഇതാ ദേവഹൂതി ചെന്ന് നമസ്കരിച്ചു ജിജ്ഞാസയാഹും പ്രകൃതേ പുരുഷസ് ഭഗവാനേ ഈ പ്രകൃതി ഏതാണ് പുരുഷൻ ഏതാണെന്നേ അറിയില്ല ഒരു ഘട്ടത്തിൽ പ്രകൃതിയായിട്ടുള്ളത് വേറെ ഒരു ഘട്ടത്തിൽ പുരുഷനായിട്ട് തോ ഒരു ഘട്ടത്തിൽ പുരുഷൻ എന്ന് തോന്നണത് തന്നെ പിന്നീട് പ്രകൃതിയാവുള്ളൂ ഇപ്പൊ ലോകത്തിലെ ഇതൊക്കെ ദൃശ്യം ഈ ദൃശ്യത്തിനെ സംബന്ധിച്ച് എന്റെ കണ്ണ് ദൃക്ക് അതായത് പുരുഷൻ കണ്ണ് ദൃശ്യം ആ ദൃശ്യത്തിനെ സംബന്ധിച്ച് മനസ്സ് പുരുഷൻ മനസ്സ് ദൃശ്യം അതിനെ സംബന്ധിച്ച് ബുദ്ധി പുരുഷൻ ഇങ്ങനെ പുറകെ പുറകെ പുറകെ പോയാൽ പുരുഷനെ എവിടെ കണ്ടെത്തും അവസാനം ഓരോന്നും കുറെ കഴിയുമ്പോൾ ദൃശ്യമായിട്ട് തള്ളിത്തള്ളിപ്പോയി ആത്യന്തികമായിട്ടുള്ള പുരുഷനെ കണ്ടെത്തണം എന്നിട്ട് ആ പുരുഷനെ കണ്ടെത്തിയ വിചിത്രം എന്താന്ന് വെച്ചാൽ അവിടുന്ന് നിങ്ങോട്ട് നോക്കുമ്പോ അപ്പൊ നമ്മൾ കർമ്മമൊക്കെ അസത്തം എന്നൊക്കെ പറഞ്ഞ് തള്ളിയല്ലോ ഇത് കണ്ടെത്തിയ ഉപനിഷത്ത് പറയണു പുരുഷ ഏവേദം വിശ്വം കർമ്മതപോ ബ്രഹ്മപരാമൃതം ഏതദ്യോ വേദനിഹിതം ഗുഹായാം സോവിദ്യഗ്രന്ഥിം വികരതീഹ സൗമ്യ തന്റെ ഉള്ളിൽ പുരുഷനെ കണ്ടെത്തിയാൽ പിന്നെ കാണുന്ന ചെയ്യുന്ന കർമ്മങ്ങളും ആ പുരുഷന്റെ ചലനം തന്നെയാണ് ജഗത്ത് മുഴുവൻ പുരുഷൻ തന്നെയാണ് തപസ് പുരുഷൻ എല്ലാം പുരുഷൻ കാണുന്നതൊക്കെ ആ ഭഗവാൻ തന്നെ പിന്നെ ഭഗവാൻ അല്ലാതെ ഒന്നുമില്ല പക്ഷെ ആദ്യം ആ ഭഗവാനെ കണ്ടെത്താൻ ഉള്ളിലേക്കുള്ളിലേക്ക് ഉള്ളിലേക്കുള്ളിലേക്ക് ആരാഞ്ഞു പോയി നിശ്ചലമായിട്ടിരിക്കുന്ന അധിഷ്ഠാനത്തിനെ കാണണം ആ നിശ്ചലമായ അധിഷ്ഠാനത്തിൽ ചലനം ഏർപ്പെടുന്നതിനെ പ്രകൃതി എന്ന് പറയുന്നു ചലിക്കുന്നത് മുഴുവൻ പ്രകൃതി ചലിക്കാത്തത് പുരുഷൻ ചലിക്കുന്നത് മുഴുവൻ കർമ്മം ചലിക്കാത്തത് അകർമ്മം ഈ ഭഗവത്ഗീതയിലെ കർമ്മണി അകർമ്മയപ്പശ്ശേതെന്നൊരു ശ്ലോകമുണ്ട് പല വിധത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ടാവും കർമ്മണി അകർമ്മയ പശ്യേത് അകർമ്മണിച്ച കർമ്മയഹ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണകർമ്മകൃതം അവിടെ കർമ്മം അകർമ്മം എന്നുള്ള പദം നല്ലവണ്ണം അറിഞ്ഞോണം കർമ്മം എന്ന് വെച്ചാൽ ബ്രഹ്മം ഒഴിച്ചു ബാക്കിയുള്ളതൊക്കെ കർമ്മം കർമ്മമല്ലാത്ത ഒരേ വസ്തുവേ ഉള്ളൂ ബ്രഹ്മം ബാക്കിയെല്ലാം കർമ്മം ചലിക്കുന്നതൊക്കെ കർമ്മം മാറിപ്പോകുന്നതൊക്കെ കർമ്മം കർമ്മപഥത്തിന് തന്നെ അർത്ഥം ചലനം എന്നാണ് ആദ്യ സ്പന്ദനം മുതൽ സർവവും കർമ്മമാണ് കർമ്മമല്ലാത്ത ഒന്നേ ഉള്ളു ബ്രഹ്മം ഭഗവാൻ തന്നെ ഇതിന് പലയിടത്തും വ്യാഖ്യാനങ്ങൾ പറഞ്ഞു ഭാഗവതത്തിലും കാണുന്നുണ്ട് അപ്പൊ ഈ കർമ്മമല്ലാത്തത് അകർമ്മം എന്ന് പറഞ്ഞു ഒരു വസ്തുവേ ഉള്ളൂ ബ്രഹ്മം അതാണ് നാസ്തി അകൃത കൃതേന എന്ന് പറഞ്ഞാൽ അകൃതമായിട്ടുള്ള ബ്രഹ്മത്തിനെ കൃതം കൊണ്ട് പിടിക്കാൻ പറ്റില്ല അപ്പോ അകർമ്മത്തിനെ കണ്ടെത്തിയിട്ട് കർമ്മം ചെയ്താൽ അകർമ്മം എന്ന് വെച്ചാൽ ബ്രഹ്മം ബ്രഹ്മത്തിനെ കണ്ടെത്തിയിട്ട് ആ ബ്രഹ്മത്തിനെ സദാ കണ്ടുകൊണ്ട് കർമ്മം ചെയ്യാനാണ് കർമ്മണി അകർമ്മ എഫ് പശ്യേറ്റ് ചലനമൊക്കെ ഏർപ്പെടുന്നത് നിശ്ചലമായ അധിഷ്ഠാനത്തിലാണെന്ന് അറിഞ്ഞാൽ പിന്നെ ചലനം കൊണ്ടൊന്നും ബാധിക്കപ്പെടില്ല എത്ര ചലിക്കട്ടെ ചലിച്ചാലും ബാധിക്കപ്പെടില്ല സമുദ്രത്തിലെ അലകളുണ്ടാവണു കുവളകൾ ഉണ്ടാവണു എന്തൊക്കെ ഉണ്ടായാലും ഉള്ളത് വെള്ളമാണ് വെള്ളം തന്നെയാണ് അലയായിട്ടും കുമളയായിട്ടും സമുദ്രമായിട്ടും അപ്പൊ ചലിക്കാതെ നിൽക്കുന്ന വസ്തു വെള്ളം അല എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല കുമള എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല എല്ലാത്തിനും വെള്ളമേ ഉള്ളൂ സമുദ്രം നിശ്ചലമായിട്ട് നിൽക്കുമ്പോ ശിവം ചലിക്കുമ്പോൾ ശക്തി നിശ്ചലമായിട്ട് നിൽക്കുമ്പോ പുരുഷൻ ചലിക്കുമ്പോ പ്രകൃതി രമണ മഹർഷിയുടെ ഒരാള് ചോദിച്ചു പ്രകൃതി ഇല്ല ശക്തിയില്ലാതെ ശിവമില്ല ശക്തിയില്ല എന്ന് പറയണമല്ലോ സത്യമാണോ എന്ന് ചോദിച്ചു എനിക്ക് മഹർഷി എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഇംഗ്ലീഷിലാ ചോദിച്ചത് വിതഔട്ട് ഹി ക്യാൻ ഷി സ്റ്റാൻഡ് വിതൗട്ട് ഷി ക്യാൻ ഹി സ്റ്റാൻഡ് എനിക്ക് മഹർഷി പറഞ്ഞത് ഷീയില് ഇംഗ്ലീഷില് ഷി എസ് എച്ച് ഇ ഷിന്ന് വെച്ചാൽ അവൾ ശക്തി ഷീല് ഹി ഉണ്ട് അതിനകത്ത് എച്ച് ഇണ്ട് രണ്ട് പദം പക്ഷെ ഹീല് ഷി ഇല്ല ആ ഹീല് പുരുഷന് ഷീ ഇല്ല അതായത് പ്രകൃതിയെ കൂടാതെ പുരുഷൻ നിൽക്കും എന്ന് വെച്ചാലോ അത് നിശ്ചലമായിട്ട് നിൽക്കും അതിൽ ചലനം ഏർപ്പെട്ടാലേ പ്രകൃതിയുള്ളൂ പക്ഷേ പുരുഷന്റെ സാന്നിധ്യമില്ലാതെ പ്രകൃതിക്ക് നിൽക്കാൻ പറ്റില്ല പ്രകൃതി പുരുഷനിൽ നിന്ന് അന്യമല്ല അലയില്ലാതെ സമുദ്രം നിൽക്കും ഇവിടെ പ്രകൃതി പുരുഷൻ എന്ന് സ്ത്രീ പുരുഷ അർത്ഥത്തിലല്ല അലയില്ലാതെ ആഴി നിൽക്കും പക്ഷെ ആഴിയെ കൂടാതെ അലയ്ക്ക് നിൽക്കാൻ പറ്റില്ല അപ്പോ ഈ ഏർപ്പെടുന്ന അലയൊക്കെ തന്നെ സമുദ്രത്തിൽ നിന്നാണ് പൊന്തണത് സമുദ്രത്തിലാണ് നിൽക്കുന്നത് സമുദ്രത്തിലെ ലയിക്കണം ഇതറിഞ്ഞാൽ എത്ര അലയുണ്ടാവട്ടെ എന്ത് കുമ്പളം ഉണ്ടാവട്ടെ ഒന്നും ഉണ്ടാവണില്ല എന്ന് അറിയും അതേപോലെ നിശ്ചലമായ അധിഷ്ഠാനത്തിൽ എത്ര സൃഷ്ടി നടക്കട്ടെ സംഹാരം നടക്കട്ടെ എന്തൊക്കെ നടക്കട്ടെ ആ അധിഷ്ഠാനത്തിനെ കണ്ടെത്തിയാൽ ബേസിനെ കണ്ടെത്തിയാൽ എന്തൊക്കെ നടന്നാലും ഒന്നും നടക്കണില്ല എന്നുള്ള ഉറപ്പുണ്ടാവുക അത്രേ അപ്പൊ മനസ്സിന് നല്ല ശാന്തി ശമനിയും സർവകർമ്മണവും ഇതാണ് വിദ്യ ദേവഭൂതിക്ക് കപില ഭഗവാൻ ഉപദേശിച്ചത് ശമനിയും സർവകർമ്മണം സർവകർമ്മങ്ങളെയും ശമിപ്പിക്കുന്ന വിദ്യ ഉപദേശിച്ചു എന്നുവെച്ചാൽ കർമ്മമില്ലാതിരിക്കാന്ന എന്താ അർത്ഥം എന്ന് വെച്ചാൽ ശ്വാസം വിടാതിരിക്കാൻ പറ്റുമോ ശ്വാസം വിട്ടാൽ അതും കർമ്മമാണ് ഒന്നും താൻ ചെയ്യണമെന്നുള്ള ഭാവമില്ല ചെയ്യണത് മുഴുവൻ അസ്തമിച്ചു കിട്ടി എങ്ങനെ അസ്തമിച്ചു ചെയ്യാതെ ഇരിക്കുന്ന ആളെ കണ്ടെത്തി അതാണ് താൻ എന്ന് അറിഞ്ഞു ചെയ്യണത് താനല്ല എന്നും അറിഞ്ഞു അപ്പോഴേ ഉള്ളൂ വിമുക്തി അല്ലെ ചെയ്യണത് താനല്ല ശരീരം ചെയ്യണു ഞാൻ ചെയ്യണില്ല മനസ്സ് ചെയ്യണു ഞാൻ ചെയ്യണില്ല ബുദ്ധി എന്തൊക്കെയോ ചെയ്യണു ഞാൻ ചെയ്യണില്ല ചിത്തവൃത്തികൾ എന്തൊക്കെയോ സംഭവിക്കണു ഞാൻ ചെയ്യണില്ല എന്നുള്ളത് ഉറപ്പായ അനുഭവം കൊണ്ട് കണ്ടെത്തി സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന ആളെ കണ്ടു അപ്പൊ ഈ ചലിക്കുന്ന ആള് താനല്ല എന്നും അറിഞ്ഞു അപ്പൊ പ്രകൃതിയെ തന്നിൽ നിന്ന് മാറ്റി നിർത്തി പ്രകൃതിക്ക് സാക്ഷിയായിട്ടുള്ള പുരുഷൻ താനാണെന്ന് കണ്ടെത്തി എന്നിട്ട് അത് നല്ല വണ്ണം ഉറപ്പിച്ചാൽ അല്ലെങ്കിൽ എന്താവും ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇത് രണ്ടും കൂടി കൂട്ടിക്കൊഴിയും കൂട്ടിക്കൊഴയുന്നതാണ് സത്വരജതമോ ഗുണങ്ങളിൽ പെട്ട് മിശ്രണമാവണത് അപ്പൊ എന്താവും ഉറക്കം വരുമ്പോ എനിക്ക് ഉറക്കം വരണു കോപം വരുമ്പോ എനിക്ക് കോപം വരണു ഭക്തി വരുമ്പോ എനിക്ക് ഭക്തി വരുന്നു എല്ലായിടത്തും പോയി ചേരണോ അല്ലേ അതെ ഭക്തി എന്ന് വെച്ചാൽ സാത്വികം കോപം വരിക എന്ന് വെച്ചാൽ രാജസം ഉറക്കം വരിക എന്ന് വെച്ചാൽ താമസം മൂന്നിലും ഈ കറു ഈ അഹങ്കാരം പോയി ചേരണം അതാണ് ഗുണസക്ത എന്ന് പറഞ്ഞത് ഗുണത്തിന് പോയി ഒട്ടി ഒട്ടി ഓട്ടി ഓട്ടി നിൽക്കണം അല്ലെങ്കിൽ അറിവുള്ളവരെ എന്ത് പറ ഉറക്കം വരുന്നു എനിക്കല്ല ഉറക്കം വരുന്നു ഭക്തി വരണു എനിക്ക് വരണൂന്നല്ല ഭക്തി വരണു അതേപോലെ കോപം വരണു എനിക്കല്ല അതപ്പം ഇങ്ങനെ പ്രകൃതിയിൽ വന്നിട്ട് പോകണു മതിരീഹ ഗുണസക്താ ബന്ധകൃത് തേഷു അസക്താ അമൃതകൃതുപരുേ ഭക്തിയോഗം മഹത് മഹദനുഗമലഭ്യം ഭക്തിയേവ ഭക്തിരേവാത്ര സദ്യ കപിലതനുരിത്വം ദേവഹൂത്യൈ ന്യദീ ഇങ്ങനെ പുരുഷ പിരിക്കൽ വളരെ വിഷമമല്ലേ സാധാരണ ആളുകൾക്ക് പറ്റുമോ വെച്ചാൽ അതിനാണ് ഇവിടെ കപില ഭഗവാൻ പറഞ്ഞത് എന്നാ ഒരു കാര്യം ചെയ്യാ വിഷമമൊന്നുമില്ല ഇവിടെ ഭക്തിയോഗമുണ്ടല്ലോ ഭഗവാനോട് ആസക്തി വെച്ചോളാം ആസക്തിയെ എടുത്തു കളയാൻ വിഷമമാണ് പ്രകൃതിയോട് ശരി ഒരു കാര്യം ചെയ്യ പരമപുരുഷനെ പ്രേമിച്ചു തുടങ്ങും ഭഗവാനോട് ആസക്തി വരുമ്പോ വിഷയാസക്തി പോകും ആ അപ്പൊ ഞങ്ങൾക്ക് എളുപ്പം നമ്മള് തലയാട്ടും കപില ഭഗവാൻ പറയണു അങ്ങനെ ഒന്ന് നിങ്ങൾ ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതിന് ഭക്തി എന്ന് പേരിട്ടാൽ ഞാൻ സമ്മതിക്കില്ല എന്നാണ് കപിലം പറയണം ഭക്തി എന്നുള്ളത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതിന് ഭക്തി എന്ന് നിങ്ങൾ തന്നെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചാൽ സമ്മതിക്കില്ല അത്രേ പിന്നെ ഭക്തി എങ്ങനെ വരണം മഹദനുഗമലവ്യാ ഭക്തി ജ്ഞാനികളുടെ ഭഗവത് ഭക്തന്മാരുടെ പരമഭക്തന്മാരായിട്ടുള്ളവരുടെ സമ്മതത്തോടു കൂടിയുള്ള ഭക്തിയായിരിക്കും അല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതിന് ഭക്തി എന്ന് പേര് പറഞ്ഞാൽ പറ്റില് രാഗദ്വേഷങ്ങളോടുകൂടെ അതാണ് കപിലം പറഞ്ഞത് വീട്ടിന്റെ മുമ്പിൽ വന്ന ഒരാൾ കൈനീട്ടി അമ്മാവ് വേഷക്കണുന്ന് പറഞ്ഞ ഒരാൾ നിക്കുമ്പോ ഭൂതഗ്രാമ അപമാനഹ അവനെ അപമാനിച്ചിട്ട് ഒരു പട്ടി വന്ന് വിശപ്പോടെ വന്ന് നിക്കുമ്പോ അതിന് കൊടുക്കാതെ അകത്ത് ഉച്ചാവചൈഹി ദ്രവ്യൈഹി എന്നാണ് അനേക ദ്രവ്യങ്ങളെ സമ്പാദിച്ച് ധാരാളം പണം സ്വർണം കൊണ്ടുള്ള പാത്രം സ്വർണം കൊണ്ടുള്ള വിളക്ക് സ്വർണം കൊണ്ടുള്ള മണി സ്വർണപാത്രത്തിൽ നിവേദ്യം ഇതൊക്കെ വെച്ച് സ്വർണത്തിൽ അങ്ങനെ കെട്ടിയ മാലയോ ഒക്കെ അണിഞ്ഞ് വേണ്ടെന്നല്ലാട്ടോ അറിണ്ടെങ്കിൽ ഞാൻ പറയുകയാണെന്ന് വിചാരിക്കരുത് ഇതൊക്കെ ഉണ്ടായിരുന്നിട്ട് ഉമ്മർത്ത് വന്നിട്ട് ഒരു പട്ടി വിശന്നിട്ട് നിൽക്കുന്ന നായിക്ക് ഒരു അല്പം ചോറ് കൊടുക്കാൻ പോലും തയ്യാറല്ലെങ്കിൽ എനിക്ക് സന്തോഷാവില്ല കുരുദേ അർച്ചാ വിടംബനം അവൻ പൂജ എന്നുള്ള രീതിയിൽ എന്നെ അപമാനിക്കുകയാണ് അതൊരു പ്രഹസനമാണ് അതൊരു കോമാളിത്തരം അത് പൂജയല്ലാന്നാണ് കപിലൻ വളരെ റവല്യൂഷണറിയാണ് വിപ്ലവം കപില ഭഗവാന്റെ ഭക്തി ഉപദേശം വളരെ ഗംഭീരം കപിലൻ പറഞ്ഞു അപ്പൊ ഭക്തി എങ്ങനെ വേണം മഹതനുഗമഭക്തി നാമദേവൻ എന്ന് പറഞ്ഞിട്ട് മഹാരാഷ്ട്രത്തിലെ ഒരു സന്തൊരു മഹാത്മാവ് ഉണ്ടായിട്ടു നാമദേവന്റെ പാട്ടുകളൊക്കെ വളരെ പ്രസിദ്ധമാണ് മഹാരാഷ്ട്രത്തിൽ ഒരു കാലത്തില് ഭക്തന്മാര് കൂട്ടം കൂട്ടമായിട്ട് വന്നു ചേർന്നു വന്നു അപ്പൊ അതിൽ വന്ന ആളാണ് നാമദേവൻ നാമദേവന്റെ പാട്ടുകളിലൊക്കെ ഈ പാണ്ഡുരങ്കനെ വിട്ടലിനെ പാടുകയാണ് അദ്ദേഹം പാടിയാൽ വിട്ടൽ വന്ന് നർത്തനം ചെയ്യുന്നു അത്ര അദ്ദേഹം തന്നെ പാടുന്നു അപ്പൊ അങ്ങനെ ഏകാന്തത്തിൽ ഒരു ദിവസം പോയിട്ട് ആഹാരം കഴിക്കാതെ ഇരുന്ന് ഭജനം ചെയ്യ അങ്ങനെ ഭജനം ചെയ്യുമ്പോ നാമദേവന്റെ ഭാര്യ ആ അമ്മ ഭാവം ഭർത്താവിന് ഇങ്ങനെ നടക്കും രാവിലെ എണീറ്റ് അദ്ദേഹം എവിടെ ആയിരിക്കണേ ഏത് പൊന്തിന്റെ ചോട്ടപ്പോയിരിക്കണു ഗുഹയിൽ പോയിരിക്കണോ മലയുടെ പോയി എവിടെ പോയി ഭജിക്കാനിരിക്കണോന്നറിയില്ല ത്തിരി ചപ്പാത്തി എടുത്തുകൊണ്ട് റൊട്ടി എടുത്തുകൊണ്ട് അതിൽ കുറച്ച് നെയ്യും മറ്റും ഒക്കെ ആയിട്ട് ദാലും ഒക്കെ ആയിട്ട് പരിപ്പുമൊക്കെ ആയിട്ട് ഈ നാമദേവനെ തെരഞ്ഞു തെരഞ്ഞു തെരഞ്ഞു തരഞ്ഞ് നടന്നു അവസാനം നോക്കുമ്പോൾ ചന്ദ്രഭാഗ നദിയുടെ എവിടെയോ ഒരു തീരത്തിൽ ഇരുന്ന് തമ്പുരാമം വെച്ച് പാടിക്കൊണ്ടിരിക്കണം അവിടെ പോയി പോകുമ്പോ ഈ അമ്മ വന്നതും അറിയില്ല അദ്ദേഹം കണ്ണടച്ചിരുന്ന് പാടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഈ അമ്മ പറഞ്ഞു അങ്ങ് കുറച്ച് കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോ ഭാര്യ നിൽക്കണു മുമ്പില് അപ്പൊ നാമദേവ് ചോദിച്ചു എന്തിനാ വന്നത് ഞാനിവിടെ സ്വസ്ഥമായിട്ട് ഇന്ന് ഇത്ര അഭംഗങ്ങൾ പാടണമെന്ന് പറഞ്ഞ് വ്രതമെടുത്തിരിക്കുക ഏവം വ്രതസ്വപ്രിയനാമകീർത്തിയാ പ്രിയനാമകീർത്തണം വ്രതം അങ്ങനെ വ്രതമെടുത്ത് ഞാൻ ഇവിടെ ഇരിക്കുകയാണ് അപ്പൊ എന്തിനാ ഇവിടെ വന്നത് അപ്പൊ അമ്മ പറഞ്ഞു അങ്ങ് വിശപ്പോടെ ഒന്നും കഴിക്കാതിരിക്കണമല്ലോ അങ്ങേക്ക് ഭഗവാനെ ഭജിക്കണേ എനിക്ക് അങ്ങേയല്ലേ ഭജനം അപ്പൊ അങ്ങ് ഇവിടെ ഒന്നും കഴിക്കാതിരിക്കണമല്ലോ ഞാനെങ്ങനെ സ്വസ്ഥമായി വീട്ടിൽ ആഹാരം കഴിക്കും അതുകൊണ്ട് അവിടത്തേക്ക് റൊട്ടി കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് കഴിച്ചാൽ ആഹാരം കഴിച്ചാൽ നല്ല ബലത്തോടുകൂടെ ഭജിക്കാം നാമദൈവം പറഞ്ഞു ആഹാരം കഴിച്ചാൽ ഉറക്കമേ വരള്ളൂ ഭജനം നടക്കില്ല ഒന്നില് ഭോജനം അല്ലെങ്കിൽ ഭജനം ഇത് രണ്ടും കൂടെ നടക്കില്ല അവിടെ വെച്ച് വെക്ക ഞാൻ ഭജനവും ഒക്കെ കഴിഞ്ഞിട്ട് വിശക്കുമ്പോൾ കഴിച്ചോളാം എന്ന് പറഞ്ഞു ആ അമ്മ കുറെ നേരം നിന്നു ഇദ്ദേഹം ഉണരുന്നവട്ടല്ലേ അവിടെ വീട്ടിലും കുട്ടികളുമൊക്കെ കരയും ആ റൊട്ടിയും ദാളുമൊക്കെ അവിടെ വെച്ചു അമ്മ പോയി നമ്മ പോയി നാമദേവൻ അങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുന്നു ഭക്തിയുടെ ലക്ഷണമേ എന്താ ഭക്തി വെച്ചാൽ എന്താ ഹൃദയത്തിൽ ഏർപ്പെടുന്ന ഒരു വികാരം ആനന്ദനുഭവം പ്രഹ്ലാഹ്ലാദിനീ ശക്തി ഉള്ളിൽ ഈ ഭഗവാനെ ഉരുകി ഉരുകി പുരുകിരുകി ധ്യാനിച്ച ആ അനുഭൂതി ഇന്ദ്രിയങ്ങളിലൂടെ പുറമേക്ക് ചാടും നമ്മൾ ഉള്ളിൽ എന്തെന്ത് അനുഭവിക്കണോ അതൊക്കെ ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് വരും ഹൃദയത്തിൽ ആനന്ദാനുഭവം ഏർപ്പെടുമ്പോ ആ അനുഭവം ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തു വരും പുറത്തു വന്നാലോ ആ കാണുന്ന ഉള്ളിൽ അനുഭവിച്ച വസ്തുവിനെ പുറത്തു മുഴുവൻ കാണും സകല വസ്തുക്കളിലും കാണും ചെടിയിലും മരത്തിലും ആകാശത്തിലും ഭൂമിയിലും നടക്കുന്ന ജീവികളിലും ഒക്കെ അതിന്റെ സാന്നിധ്യം കാണും അപ്പൊ താൻ ഉള്ളിൽ അനുഭവിച്ച ആ പാണ്ഡുരംഗനെ വസ്തുക്കളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെ കാണുമ്പോഴൊക്കെ ആനന്ദം എന്തിനെ കണ്ടാലും ഭഗവാൻ നടന്നു പോകണം സർവവസ്തുക്കളിലും ഭഗവാൻ നടന്നു പോണം അങ്ങനെയിരിക്കുമ്പോ ആ ആനന്ദത്തിലങ്ങനെ രമിച്ചിരിക്കുമ്പോഴാണ് ഒരു ഒട്ടിയെ വേറോടുകൂടെ ഒരു പട്ടി ഒരു വന്നു അതിൽ ഉണങ്ങി ആ റൊട്ടിയും കടിച്ചുകൊണ്ട് ഓടി നായ ഓടിയപ്പോ നാമദേവൻ കരഞ്ഞുകൊണ്ട് പുറകെ ഈ ദാലും നെയ്യും എടുത്തുകൊണ്ട് പുറകെ ഓടിയേ വിഠൽ അത് കട്ട റൊട്ടി ഞങ്ങൾ ദാരിദ്ര്യത്തിൽ ഇരിക്കുന്നവരാണ് നാക്കു പൊട്ടും ഭഗവാൻ ഈ റൊട്ടിയും കൊണ്ട് വെറുതെ നെയ്യ് കൂട്ടാതെ റൊട്ടി കഴിച്ചാൽ നാക്ക് പൊട്ടും പുറകെ ഓടിയത്ര ഓടി ഓടി ഓടി ഓടി ആ നായിനെ പിടിച്ച് ആ നായിയുടെ വായിലുള്ള റൊട്ടി വാങ്ങിച്ച് അത് നെയ്യ് പുരട്ടി വായില് കൊടുത്തുവെന്നാണ് ആ ഭക്തിയുടെ ഭാവത്തിൽ ആർദ്രമായ ഭാവത്തില് ഭഗവത് സ്വരൂപമായി ശുനി ജൈവ സ്വപാകേജ പണ്ഡിതാ സമദർശിന അതിനവിടെ ശുനി നായിക്കൊരു ഉദാഹരണം ഈ കഥ നായില് ഭഗവാനെ കാണാം നായിലെന്ന് വെച്ചാൽ നായിലും മാത്രമല്ല സർവഭൂതങ്ങളിലും സർവചരാചരങ്ങളിലും സർവവസ്തുക്കളിലും അങ്ങനെ സർവവസ്തുക്കളിലും ഭഗവാനെ കാണുക ഇത് കപില ഭഗവാന്റെ ഉപദേശമാവും അഥവാം സർവേഷു ഭൂതേഷു ഭൂതാത്മാനം കൃതാലയം അർഹയെ ദാനമാനാഭ്യാം മൈത്രിയാ അഭിന്നേന അമ്മയോട് കപിലഭഗവാൻ പറഞ്ഞു അമ്മേ സർവഭൂതേഷു ഭൂതാത്മാനം കൃതാലയം സർവഭൂതങ്ങളുടെയും ശരീരത്തിലുമുള്ള എന്നെ ആലയം കൃതാലയം ഓരോ ശരീരവും ഓരോ ആലയം ഭഗവത്ഗീതയിൽ ഇതം ശരീരം കൗന്തേയാ ക്ഷേത്രം ഇത്യഭിധീയത പക്ഷെ അവിടെ ക്ഷേത്രം എന്നുള്ള വാക്കിന് അർത്ഥം അമ്പലം എന്നല്ല ക്ഷേത്രം എന്ന് വെച്ചാൽ ഫീൽഡ് പാടം എന്നാണ് അർത്ഥം പൂർവജന്മത്തിൽ വതച്ച വിത്തുകൾ കൊയ്യുന്ന പാടമാണ് ഈ ശരീരം ആ അർത്ഥത്തിലാണ് ഇതം ശരീരം ക്ഷേത്രം എന്നൊരു പറഞ്ഞത് പക്ഷേ അമ്പലമായിട്ട് തന്നെ ശരീരത്തിന് തമിഴിൽ ഒരു സിദ്ധർ പാടി തിരുമൂലം ഉള്ളം പെരും കോയിൽ ഊണ് ഉടമ്പ് ആലയം വള്ളർപിരാണാർക്ക് വായി ഗോപുരവാശൽ തെള്ളത്തെ ജീവൻ ശിവലിംഗം കള്ളപ്പുലനൈത് കാളാ വണിവിളക്കേ ഈ ശരീരം അമ്പലം ആലയം അതിൽ ഹൃദയം ഉള്ളം പെരും കോയിൽ ശ്രീകോവിന് ഊനുടമ്പ് ആലയം ഊൺ ഉടമ്പ് ഊടം വെച്ചാൽ നമുക്കറിയാം അന്നം അന്നം കൊണ്ടുണ്ടായ ഉടമ്പ ശരീരം ഊണുടമ്പ് ആലയം വള്ളർ പിറാണ് ആർക്ക് ഭഗവാന് വായ് ഗോപുരവാസൽ വായാണത്രേ നട ശ്രീകോവിലേക്ക് പോവാനുള്ള വാതില് വായ് ഗോപുരവാസൽ അതുകൊണ്ട് ഉള്ളിലേക്ക് കടത്തണതും പുറത്തേക്ക് കടത്തണതും ഒക്കെ ശുദ്ധമായിരിക്കണം വായ് ഗോപുരവാസൽ തെള്ളിന്താർക്ക് ചിത്തം നല്ലവണ്ണം തെളിഞ്ഞാലോ ജീവൻ ശിവലിംഗ്യം ആ ജീവൻ തന്നെ ഭഗവാന്റെ സ്വരൂപം ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ കള്ളപ്പുലൻ നമ്മളെ സദാ പറ്റിച്ചു കൊണ്ടിരിക്കണത് കൊണ്ടാണ് കള്ളപ്പുലൻ എന്ന് പറഞ്ഞത് കള്ളന്മാരായിട്ടുള്ള തന്നെ ഭഗവാൻ ഉള്ളിൽ പ്രകാശിച്ചാൽ അഞ്ച് കാൽ വിളക്കുപോലെ ജ്വലിച്ചു നിക്കും അഞ്ചു കാൽ വിളക്ക് പോലെ ജ്വലിച്ചു നിക്കും അപ്പോ ഭഗവാൻ സകല ശരീരത്തിലും കൃത ആലയം ഒരു പ്രത്യേക ആലയത്തിൽ ഭഗവാനെ ആരാധിക്കണു ഗുരുവായൂരപ്പനെ ഗുരുവായൂരിൽ ആരാധിക്കണു അത് ഓരോ ശരീരവും ഗുരുവായൂരും അല്ലെ അല്ലേ ഗുരുവായൂരല്ലേ ഗുരു പവനപുരം അല്ലെ ഓരോ ശരീരവും അതിൽ പവനനും ഉണ്ടോ ഗുരുവുമുണ്ട് നമ്മളുടെ ശരീരത്തിലൊക്കെ വായുവുണ്ടോ ഗുരുവുമുണ്ട് ആത്മാ ഗുരു പ്രാണവായു പവന് ആ ഗുരുപവനപുരത്തില് കൃത ആലയം ആലയമാക്കി ചെയ്തുകൊണ്ട് സർവശരീരത്തിലും ഭഗവാനിരിക്കെ ആ ഭഗവാനെ സർവശരീരത്തിലും ആരാധിക്കണം എന്നുള്ള ഭക്തി എവിടുന്ന് കിട്ടും അത് ലോക സാമാന്യമായി കിട്ടാറില്ലല്ലോ അതാണ് മഹതനുഗമലഭ്യാ ഭക്തി എന്ന് പറഞ്ഞു ഇങ്ങനെയുള്ളത് സാധുക്കളിൽ നിന്ന് അറിയണം ഇങ്ങനെയുള്ള സാധുക്കളുടെ ചരിത്രം അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും ഇതാണ് ഭക്തി എന്ന് എന്നുവെച്ചാൽ പൂജിക്കണം എന്ന് അർത്ഥമല്ല നായിനെയും പശുവിനെയും ഒക്കെ നായിക്ക് ആഹാരം കൊടുക്കുന്നത് തന്നെ പൂജ അല്ലാതെ നായിനെ പിടിച്ച് നമ്മൾ ദീപാരാധന കാണിച്ചാൽ ആ നായി വിചാരിക്കും ഇവര് എന്താ പ ര രാവിലെ എണീറ്റാ നമ്മളെ ബുദ്ധിമുട്ടിക്കണെന്ന് വിചാരിച്ച് പിടിച്ച് കെട്ടിയിട്ടിട്ട് മാല കഴുത്തിലിട്ടാൽ അല്ലെ പശുവിന് പൂജ എന്ന് പറഞ്ഞ് കഴുത്തില് മാല ഇടണു പശുവിനെ അറിയുവോ അതിന് മാലയിട്ടാൽ വല്ല ഗൗരവം ഉണ്ടാവുമോ വല്ല സന്തോഷം ഉണ്ടാവുമോ അപ്പൊ ദേവത പൂജിക്കാനാ സന്തോഷപ്പെടാനാണ് പൂജ അപ്പൊ പശുവിന് മാലയിടണത് പൂജയല്ല പശുവിന് ദീപാരാധന കാണിക്കണതും പൂജയല്ല പശുവിന് പുല്ലുകൊടുക്കണതാണ് പൂജ കോഗ്രാസം പശുവിന് ഗ്രാസം പുല്ലു കൊടുക്കണം ഗ്രാസം അതാണ് ഗ്രാസം വന്നിരിക്കണത് ഇംഗ്ലീഷിൽ പശുവിന് പുല്ലു കൊടുക്കണം ആ പുല്ലുകൊടുത്താൽ ആ പശു സന്തോഷിക്കും അല്ലേ നായ്ക്ക് അന്നം കൊടുക്കണം നായ സന്തോഷിക്കും ഭക്ഷണി കിടക്കണവന് ആഹാരം കൊടുക്കണം സന്തോഷിക്കും ആഹാരം മുഖ്യം എന്താന്ന് വെച്ചാൽ ബാക്കിയൊന്നും മനുഷ്യൻ മതി എന്ന് പറയില്ല വസ്ത്രം കൊടുത്താൽ വേറെ എന്തെങ്കിലും ചെയ്യും ഇതൊന്നു മാത്രം വേണമെങ്കിൽ ഉപയോഗിച്ചു എന്ന് വരും അപ്പോ വസ്ത്രം ആഹാരം മുതലായിട്ടുള്ളതെങ്കിലും കൊടുത്ത് സർവഭൂതങ്ങളിലും ഇരിക്കുന്ന ഭഗവാനെ ആരാധിക്കാന്ന് പല വിധത്തിലും രമണ മഹർഷി അവസാനം കയ്യിൽ സാർക്കോമാ വന്നിട്ട് നടക്കാൻ വിഷമിച്ചിരിക്കുന്ന കാലം എഴുപതാമത്തെ വയസ്സ് വലത് കശ കയ്യിൽ സാർക്കോമാ വന്നത് കെട്ടിട്ടുണ്ട് നടക്കാൻ തന്നെ വിഷമം വടിയും കുത്തി ആ നടക്കണത് അവസാന കാലത്തെ ഫോട്ടോസൊക്കെ കണ്ടാൽ നമുക്ക് അത്ര വിഷമം തോന്നും ആശ്രയം വടിയാണ് മുഴുവനും ആ വടിയും കുത്തി അങ്ങനെ നടക്കുമ്പോ എന്ത് സേവകന്മാരു കൂടെ പുറകെ നടക്കുന്നുണ്ട് ആരെയും തൊടാനേ ശ്രദ്ധിക്കില്ല ആരെയും ആശ്രയിക്കില്ല ആ വടിയും കുത്തി നടക്കുമ്പോ ഒരണ്ണാനെ ഒരു നായ ഓടിക്കണം ഒരു ക്ഷണം ഇല്ലെങ്കിൽ ആ നായ അണ്ണാന്റെ മേലെ ചാടിയിട്ടുണ്ടാവും അണ്ണാനെ പിടിച്ചിട്ടുണ്ടാവും ഓടിക്കണു ആ ഒരു ക്ഷണത്തില് തന്റെ കയ്യിലുള്ള ബഡി നായ്ക്കും അണ്ണാന്റെയും നടുവിലങ്ങട് എറിഞ്ഞു എറിഞ്ഞപ്പോൾ താൻ ചുവട്ടൽ വീണു കാല് ഫ്രാക്ചറായി അല്ലെങ്കിൽ ഒന്നുമില്ല കാലില്ല കയ്യൊക്കെ സാർക്കോമാ വന്ന് ബാധിച്ചിരിക്കണു കയ്യുമൊക്കെ ആ ഘട്ടത്തിലും ആ കാരുണ്യം ഒരു ക്ഷണം നേരെ ടോട്ടൽ ഐഡന്റിഫിക്കേഷൻ ആലോചനയൊന്നുമില്ല അവിടെ താൻ വീഴുമെന്നോ തനിക്ക് വല്ലതും ആവുമെന്നോ ഒന്നും ആലോചിക്കാതെ ആ അണ്ണാനെ രക്ഷിക്കണം ആ സമയത്ത് ആ അണ്ണാൻ താനാണ് ആ അണ്ണാൻ ഞാനാണ് അണ്ണാൻ ഒരു ജീവി അതിനെ രക്ഷിക്കണം ഈ ചിന്ത പോലും ഇല്ല അണ്ണാൻ ആ ഞാനാണ് അത്ര കണ്ട് ദാതാത്മ്യം വരുമ്പോ അതിന്റെ നടുവിൽ തന്റെ ശരീരമൊന്നുമില്ല അവിടെ അത് ചുവട്ടൽ വീണു ഫ്രാക്ചറായി വീണ്ടും അപ്പോ ഇത്തരത്തിലുള്ള കാരുണ്യം സാധുക്കളിൽ നിന്ന് അല്ലാതെ എങ്ങനെ അറിയും ഇത്തരത്തിലുള്ള കാരുണ്യം ഉള്ളവരിൽ നിന്നല്ലാതെ ഇതെങ്ങനെ കണ്ടറിയും അതുകൊണ്ടാണ് മഹതനുഗമലവ്യാഭക്തി എന്ന് മഹാത്മാക്കളിൽ നിന്ന് ഭക്തി എന്താണെന്ന് അറിയണം ആ കാരുണ്യം എന്താണെന്ന് അറിയണം സർവഭൂത സുഹൃദ്ഭാവം എന്താണെന്ന് അറിയണം അങ്ങനെ അറിഞ്ഞ് ആ ഭക്തിരേവാത്ര സാധ്യ അങ്ങനെയുള്ള ഭക്തി ഭഗവാനെ പിടിച്ചുകൊണ്ടുവരും കപിലതനുരി പതിനൊന്ന് പത്തായി ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങണം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം